ഭഗവാൻ ഗോപികമാരുമായിട്ട് രാസലീല അടി എന്നതാണ് ഇതിന്റെ കഥയായിട്ട് പറയുന്നത് പക്ഷെ വാസ്തവത്തിൽ ഇത് കുറെ ഗോപികമാരാകുന്ന സ്ത്രീകളുടെ കൂടെ കൃഷ്ണനാകുന്ന ഒരു അവതാരപുരുഷൻ നടത്തിയ നൃത്തമല്ല പ്രിയാണ് ഇതോരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ നടക്കേണ്ട നടക്കുന്ന ലീലയാണ് രാസലീല ആദ്യം നമുക്ക് കഥയിലേക്ക് നോക്കാം എന്നിട്ട് പിന്നെ അതിന്റെ തത്വങ്ങളിലേക്ക് നോക്കാം ഭഗവാൻ ഗോപികമാരുടെ വസ്ത്രം അപകരിച്ച ദിവസം ഗോപികമാരോട് പറയേണ്ടായി നിങ്ങളുടെ കാമത്തെ ഞാൻ പ്രേമമാക്കി തീർക്കുന്നുണ്ട് ഗോപികളെ അതിനൊരു ദിവസം വരട്ടെ എന്ന് അങ്ങനെ ഭഗവാൻ ഹേമന്ത മാസത്തിലെ പൂർണ്ണ ചന്ദ്രൻ ഒതിച്ചിരിക്കുന്ന ഒരു പൗർണമി ദിവസം രാത്രിയിൽ തന്റെ പുല്ലാങ്കുഴിലുമായിട്ട് യമുനാനദി കരയിലേക്ക് ചെന്ന് ഒരു പാറക്കെട്ടിന്റെ മുകളിലിരുന്ന് തന്റെ പുല്ലാങ്കുഴിലെടുത്ത് വിളിക്കാൻ തുടങ്ങി ആ പുല്ലാങ്കുഴിൽ നിന്നും ഉതിർന്ന പ്രേമസംഗീതം കോപികമാരുടെ ഹൃദയങ്ങളിൽ പോയി തട്ടിയപ്പോവും ഒരു നിമിഷം അവരെല്ലാം ആ പ്രേമ ആകർഷണത്തിൽ അങ്ങോട്ട് എല്ലാം മറന്ന് അതിൽ ലയിച്ചുപോയി പറയുകയാണ് അവർക്ക് മറ്റൊന്നും ചിന്തകളില്ല എത്രയും വേഗം കൃഷ്ണന്റെ അടുത്തെത്തണം അത് മാത്രമേ ചിന്തയുള്ളൂ ഓരോരുത്തരും അവരവർ ചെയ്യുന്ന പണികൾ അവിടെ വച്ച് നിർത്തിക്കൊണ്ട് ഓടാൻ തുടങ്ങിയതാണ് ഭഗവതം പറയുന്നു പശുവിനെ കറന്നവൾ അവിടെ ഇട്ട് കുട്ടിക്ക് മുല കൊടുത്തുണ്ടുന്നവൾ അവൾ അവിടെ ഇട്ട് ഓടി സ്ത്രീ കുളിച്ചുകൊണ്ടിരിക്കുന്നവൾ അവിടെ ഇട്ട് ഓടി സ്ത്രീ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന അവൾ അവിടെ വെച്ച് നിർത്തി ഓടി അവർക്കറിയുന്നില്ല തങ്ങളെന്താണ് ചെയ്യുന്നത് അവരുടെ മനസ്സിൽ കൃഷ്ണൻ മാത്രം വേറെ ഒരു ചിന്തയുമില്ല കൃഷ്ണൻ്റേതായി തീരണം കൃഷ്ണ പ്രേമം അനുഭവിക്കണം കൃഷ്ണൻ തങ്ങളുടേതാവണം ഇത് മാത്രമേയുള്ളൂ മോഹം അങ്ങനെ അവർ ഭഗവാന്റെ അടുത്തെത്തിയ സമയത്ത് ഒരു നിമിഷം ഭഗവാൻ അവരെ സ്വാഗതം ചെയ്തിട്ട് പറഞ്ഞു വരൂ വരൂ ഗോപികൾ എല്ലാവരും വരൂ എന്നിട്ട് ചോദിച്ചു എന്തിനാമോ നിങ്ങൾ എല്ലാവരും ഓടി വന്നത് എന്ന് അവിടെ വല്ല അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ പൊതുവെ വല്ല അപകടങ്ങളും ഉണ്ടെങ്കിലാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുക അല്ല അവിടെ കത്തി ഇവിടെ കൃത്യകൃഷ്ണ അവിടെ ഒരു അസുരൻ വന്നു ഇവിടെ അത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ കരയാറ് ഇപ്പോഴാരാ വന്നത് അപ്പൊ അവർ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ഭഗവാനെ പ്രേമത്തോടുകൂടി വന്നവരാ ഞങ്ങൾ ഞങ്ങൾക്ക് മറ്റൊന്നും ആഗ്രഹമില്ല അങ്ങയെ കാണണം അങ്ങയുടെ സമീപത്തിരിക്കണം ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു ഈ രാത്രിയിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ശരിയേയില്ല പ്രത്യേകിച്ച് നിങ്ങൾ വിവാഹം കഴിച്ച സ്ത്രീകളാണ് ഭർത്തശുശ്രൂഷണം സ്ത്രീനാം പരോധർമ്മോ ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ് സ്ത്രീകളുടെ ധർമ്മം അതുകൊണ്ട് വന്നത് ശരിയേയില്ല വേഗം തിരിച്ചുപോകും ദൂരെ നിന്ന് എന്നെ ഭജിക്കുന്നതാണ് അടുത്തിരുന്ന് ഭജിക്കുന്നതിനേക്കാൾ ശക്തി എന്നെല്ലാം ഭഗവാൻ പറഞ്ഞവരെ പറഞ്ഞയക്കുമ്പോൾ കൽത്തൂണുകൾ പോലെ നിന്നവർ എല്ലാവരും കരയാൻ തുടങ്ങി ആ നിലാവത്ത് ഭഗവാൻ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരുടെയെല്ലാം കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞ് ആ വേദനിക്കുന്ന മനസ്സുമായിട്ട് അവർ ഭഗവാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഭഗവാനെ ഇങ്ങനെ പറഞ്ഞയക്കാനല്ലോ ഞങ്ങളിങ്ങോട്ട് വന്നത് ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കരുത് ഭഗവാനെ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്കായിട്ട് വന്നതാണ് അങ്ങനെ ഞങ്ങൾ വന്ന ഞങ്ങളെ പറഞ്ഞയക്കുന്നത് ശരിയാണോ പ്രേമവിരഹത്താൽ വേദനിക്കുന്ന അവരുടെ മനസ്സ് കുറേ നേരം ഭഗവാനെ നോക്കി പറഞ്ഞു അങ്ങ് പറഞ്ഞത് ശരിയാണ് സ്ത്രീകളുടെ ധർമ്മം ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ് പക്ഷേ ഞങ്ങൾ ഭർത്താവായി കാണുന്നത് അങ്ങനെ അങ്ങെയാണ് അതെങ്ങനെ ഞാൻ നിങ്ങളുടെ ഭർത്താവാ ഭഗവാനെ മനസ്സാകുന്ന ഭാര്യയുടെ ഭർത്താവാണ് കൃഷ്ണനാകുന്ന ഭഗവാൻ എന്ന് ആ കൃഷ്ണ ചൈതന്യം മനസ്സിലില്ലായിരുന്നു എങ്കിൽ കൃഷ്ണ ചൈതന്യം ശരീരത്തിലില്ലായിരുന്നുവെങ്കിൽ ഭഗവാനാകുന്ന ചൈതന്യം ശരീരത്തിലില്ലായിരുന്നുവെങ്കിൽ മനസ്സിനെങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് അങ്ങാകുന്ന ഭർത്താവിനെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ നേരെ നോക്കിയപ്പോൾ ഭഗവാൻ വളരെ സന്തോഷമായി പിന്നീട് ഗോപികളുമായിട്ട് ഭഗവാൻ അവിടെ വെച്ചിട്ട് പുലാങ്കുഴലും എടുത്ത് പാട്ടും നൃത്തവും ആട്ടവും കാടി കൈകൾ വെച്ച് അവരുടെ കഴുത്തിലൊക്കെ കൈകൾ വച്ച് ആട്ടവും പാട്ടും നൃത്തവും എല്ലാം കൊണ്ടും അവർ മറന്ന് ലയിച്ചു ധന്യമായി പറയാണ് കുറച്ചു കഴിഞ്ഞപ്പോ ഗോപിയന്മാരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത തുടങ്ങി ഓ ഞങ്ങളെത്ര ഭാഗ്യവതികളാണ് ഭഗവാൻ ഞങ്ങളുടെ കൂടെയല്ലേ കളിക്കുന്നത് വേറെ ആരുടെയും കൂടെ കളിക്കുന്നില്ലോ എന്നൊരു അഹങ്കാരം അവരുടെ ഉള്ളിൽ തോന്നിയപ്പോവും ഭഗവാൻ ആ നിമിഷം അവരെടുത്തുനിന്ന് മറഞ്ഞു പോയി എന്നാണ് അങ്ങനെ അവരെല്ലാവരും നോക്കുന്ന സമയത്ത് കൃഷ്ണനെ കാണുന്നില്ല വേദന കൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് എവിടെ കൃഷ്ണൻ നമ്മുടെ കൃഷ്ണനെ കാണുന്നില്ലല്ലോ എന്ന് അങ്ങനെ അവിടെ വച്ച് അവർ ഭഗവാനെ കാണാൻ വയ്യാതെ വിരഹത്താൽ വേദനിച്ച് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി കാട്ടിൻ്റെ ഉള്ളിലേക്ക് എവിടെങ്കിലും കൃഷ്ണൻ മറിഞ്ഞിരിക്കുന്നുണ്ടോ കൃഷ്ണന്റെ പാദങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാൻ ഭഗവാനെ കാണുന്നില്ല ഓരോ ഗോപികയും അവിടെ വെച്ചിട്ട് ഭഗവാൻ ആടിയ ലീലകളൊക്കെ ഓർത്തുകൊണ്ട് കാളിയനായിട്ടൊരുത്തി ആടി നോക്കി ഒരാൾ പൂതനയായിട്ട് ആടി വേഷം കെട്ടി ഒരാൾ ശകടാസുരനെ പോലെ വേഷം കെട്ടി ഒരാൾ തൃണാവർത്തനെ പോലെ വേഷം കെട്ടി ഇങ്ങനെയൊക്കെ ഓരോരുത്തരും വേഷമൊക്കെ ആടി നൃത്തമൊക്കെ ആടി ഭഗവാനെ അന്വേഷിച്ച വിരഹവേദനയാൽ പ്രേമത്താൽ നിറഞ്ഞ മനസ്സുമായിട്ട് അവര് എല്ലാം മറന്നാടുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഭഗവാന്റെ പാദങ്ങളിതാ മണ്ണിലിങ്ങനെ പതിഞ്ഞു കിടക്കണോ ശംഖും ചക്രവും അടയാളങ്ങൾ സന്തോഷം കൊണ്ട് അവർ മതി പറഞ്ഞു അടുത്തൊന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോ അതാ ഒരു സുന്ദരിയായ ഗോപികയുടെ പാതമുണ്ട് അപ്പൊ മനസ്സിലായി കള്ളൻ ഒറ്റയ്ക്കല്ല പോയത് കൂടെ ഒരു ഗോപിക ഉണ്ട് ഓഹ് അവളെത്ര ഭാഗ്യവതിയാണ് അവളെത്ര ധന്യാണ് അവൾക്ക് കൃഷ്ണന്റെ കൂടെ പോകാൻ സാധിച്ചല്ലോ നമ്മളൊന്നും കൊണ്ടുപോയില്ലോ കൃഷ്ണൻ എന്നൊക്കെ വിചാരിച്ച് അസൂയപ്പെട്ടവരിയ്ക്കുമ്പോ അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോ കാണുന്ന കുറച്ചു കഴിഞ്ഞപ്പോ കൃഷ്ണ ആ ഗോപികയുടെ പാത പാതമേ ഉള്ളൂ കൃഷ്ണന്റെ പാതം അപ്പോഴും കാണുന്നില്ല അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോ കാണുന്നു അത് ഒരു ഗോപിക അവിടെ തളർന്നു കിടക്കുകയാണ് അവൾ പറയുകയാണ് ഭഗവാനെ എന്നെ ഉപേക്ഷിച്ച് പോയത് ശരിയാണോ എന്നെ ഇങ്ങനെ കൈവിടാൻ പാടു എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചതെന്ന് അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവളെന്താ പറയുന്നത് അവളുടെ കൂടെ ഭഗവാൻ പോയിരുന്നു കുറച്ച് ദൂരം അപ്പം അവൾ പറഞ്ഞു എനിക്ക് ഒരു മാല വേണമെന്ന് ഉടനെ ഭഗവാൻ പൂക്കളൊക്കെ എടുത്തിട്ട് ഒരു മാലയൊക്കെ കൊറത്ത് അവളുടെ കഴുത്തിലിട്ടു അപ്പം അവൾ ഒരു തലയിൽ ചൂടാൻ മാല വേണമെന്ന് അപ്പം ഭഗവാൻ മറ്റൊരു മാല കൊടുത്തു അപ്പം അവൾ പറഞ്ഞു എനിക്കിനി ഒരടി പോലും മുന്നോട്ട് നടക്കാൻ വയ്യ എന്നെ ഏറ്റിക്കൊണ്ടുപോകണമെന്ന് അപ്പൊ ഭഗവാൻ തോന്നി ഇത്തിരി കുറുമ്പ് വെളുക്കുമായിട്ടുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും പാറയുടെ മുകളിൽ കയറിക്കോളൂ ഞാൻ ഇങ്ങനെ കുറിഞ്ഞ് നിൽക്കാം പുറത്ത് കയറിക്കൊള്ളൂ അവൾ പാറയുടെ മുകളിൽ ചാടിപ്പിടിക്കും ഭഗവാൻ എത്തിൻ്റെ അടുത്ത് എത്തി അവളത് അവിടെ വീട് അവൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ഹേ നാദരം രമാനാഥ ക്വാസി ക്വാസി മഹാപുജ എന്നൊക്കെ അവൾ കരയാൻ തുടങ്ങി എത്രയും വേഗം പ്രസന്നമാകൂ പ്രകടമാകൂ എന്നൊക്കെ മനസ്സിലായി ഭഗവാൻ എല്ലാവരുടെ അടുത്ത് നിന്നും മറിഞ്ഞിരിക്കുന്നു ഭഗവാൻ അവിടെയൊന്നുമില്ല എന്ന് അവരെല്ലാവരും ആ പ്രേമവിരഹത്താൽ യമുനാനദി കരയിലേക്ക് വന്ന് ഒന്നിച്ച് വേദന ഉള്ള ഹൃദയം കൊണ്ട് പാടുന്ന പാട്ടാണ് ഗോപികാഗീതം അവർ പറയുന്നു ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും ധന്യമായൊരു സ്ഥലമാണ് വൃജൂമി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്നു അവിടെ പക്ഷേ അവിടെ വേദനിക്കുന്ന ഒരു കൂട്ടര് ഗോപികമാര് മാത്രമാണ് ഞങ്ങൾ മാത്രമാണ് എന്തിനാണ് ഭഗവാനെ ഞങ്ങളെ മാത്രം ഇങ്ങനെ വേദനിപ്പിക്കുന്നത് പറയുന്നു ജയതി തേതികം ജന്മനാവ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രയതൃശ്യംക്ഷുതാവസവ ം വിജുന്നതേ വളരെ അനുഗൃഹീതമായ വ്രജഭൂമിയിൽ വേദനിക്കുന്ന ഞങ്ങളെ മാത്രം എന്തിനിങ്ങനെ ഉപേക്ഷിച്ചു പോണം കൃഷ്ണ വാസ്തവത്തിൽ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നത് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ അല്ല ഭഗവാനെ അശുൽക്കദാസികളാണ് ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ പ്രേമം മാത്രം പ്രതീക്ഷിച്ച് സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ എന്നിട്ടെന്തിനാ ഞങ്ങളെ കൊല്ലാതെ കൊന്ന് ഈ രാത്രിയിൽ വേദനിപ്പിക്കുന്നത് ശരതുദാശയോത ശ്രീമുഷാദുൽക്കാസിക കൊല്ലാതെ എന്തിന് ഞങ്ങളെ കൊന്നുകൊണ്ട് വേദനിപ്പിക്കുന്നു ഈ രാത്രിയിൽ കൃഷ്ണ അങ്ങേക്ക് അറിയാലോ ഞങ്ങളങ്ങയെ കാണുന്നത് ഒരു യശോദാദേവിയുടെയോ നന്ദഗോപുലോ പുത്രനായിട്ടല്ല എല്ലാവരെയും എല്ലാവരും ആക്കിത്തീർക്കുന്ന ഒരു നിത്യചൈതന്യമായിട്ട് ഞങ്ങളങ്ങയെ കാണുന്നു അതുകൊണ്ട് ഭഗവാനെ ഞങ്ങൾ അങ്ങയെ കാണുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് പറയാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു നകലുഗോപിക നന്ദനോപവാൻ അഖിലദേഹിന അന്തരാത്മത് വികനസാത്തി വിശ്വഗുപ്തയേ സത്വതം കുലേ അങ്ങ് ബ്രഹ്മാവിന്റെ ആഗ്രഹപ്രകാരം യതുകുലത്തിൽ വന്ന് ഒരു രൂപമെടുത്ത് അവതരിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ അങ്ങിരിക്കുന്നത് അഖിലദേഹിനാം അന്തരാത്മ എല്ലാവരുടെയും അന്തരാത്മാവായി എല്ലാവരെയും എല്ലാവരുമാക്കി തീർക്കുന്ന ആളാണ് ഇനി ഞങ്ങൾക്കറിയാം അങ്ങയെ ശരണം പ്രാപിച്ചാൽ മാത്രമേ ജീവിതത്തിൽ ഭയം എന്ന വികാരത്തിൽ നിന്നും മുക്തമാവാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ അനുഗ്രഹീതമായ കരങ്ങളെടുത്ത് ഞങ്ങളുടെ ശിരസിൽ വച്ച് ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്ന് അവർ പറയുന്നു ഭഗവാനോട് വിരചിതാഭയം വിഷ്ണുതുര്യത്തെ ചരണമീയൂഷാം സംസൃതേർഭയാൽ കരസരൂരുഹം കാന്താമതം ശിരസിദേഹിന ശ്രീകരഗ്രഹം അനുഗ്രഹീതമായ കൈകളെടുത്ത് ഞങ്ങളുടെ ശിരസിൽ വച്ച് ഭഗവാനെ ഞങ്ങൾ അനുഗ്രഹിക്കൂ അങ്ങയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെ നിന്നാ കേട്ടത് എത്രയോ മഹാത്മാക്കൾ അങ്ങയെക്കുറിച്ചല്ലേ കീർത്തിക്കുന്നത് എത്രയോ നമ്മുടെ ശാസ്ത്രങ്ങൾ അങ്ങയെക്കുറിച്ചല്ലേ കീർത്തിക്കുന്നത് അതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഭഗവാനെ അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ താപങ്ങളെ ശമിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തവകഥാമൃതം തപ്തജീവനം കവിതം കൽമശാപം ശ്രവണമംഗളം ശ്രീമതാതം ഭൂമിഗൃഢന്തി ഭൂരിതാചന എത്രയോ ആളുകളുടെ ദുഃഖം മാറ്റാൻ മറയ്ക്കാൻ പ്രേമത്തോടുകൂടിയിട്ടുള്ള അങ്ങയുടെ കീർത്തനങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ശ്രവണങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് മാത്രമെന്താ ഭഗവാനെ ഈ വേദന അകറ്റാൻ പറ്റാത്തത് ഇത്രയും ഞങ്ങളെടുത്ത് വിട്ടു നിൽക്കുന്നത് വാസ്തവത്തിൽ ഭഗവാനെ ഈ ലോകത്തിൽ സുഖം എന്നൊരു സത്യമുണ്ടെങ്കിൽ അത് അങ്ങയുമായി ചേരുമ്പോൾ മാത്രമേ അനുഭവിക്കാൻ സാധിക്കുള്ളൂ അതേതുപോലെയാണത് സുരതവർ ശോകനാശനം സുഷ്ടുചംബിതം സ്മാരണം ഇരനത്തെധരാമൃതം ഭഗവാനെ ഏതുപോലെയാണ് അങ്ങയുമായി ചേർന്ന് കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് എപ്രകാരമാണോ അങ്ങ് മുരളിയെ ചുംബിക്കുന്നത് അതുപോലെയാണ് ഭഗവാന്റെ ഒരു മനോഹരമായൊരു രൂപവർണ്ണനയാണ് മുരളിയേന്തിയ കൃഷ്ണൻ ഓടക്കൊള്ളേന്തിയ കൃഷ്ണൻ ആ കൃഷ്ണനെ വിളിക്കുക മുരളീധരൻ അല്ലെങ്കിൽ മുരളീകൃഷ്ണൻ ഒക്കെയാണല്ലോ വിളിക്കുക ഭഗവാൻ മുരളീധരനാണ് മുരളീധരൻ എന്ന് പറയുന്നത് കൊണ്ട് എന്താ നമ്മുടെ വ്യാസമഹർഷി അർത്ഥമാക്കുന്നത് മുരളി നമ്മുടെ ശരീരത്തിന്റെ പ്രതീകമാണ് പ്രിയണം മുരളിയിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഓടമുളയാണ് സ്വയം ചൈതന്യമില്ലാത്ത ജഡമായൊരു വസ്തുവാണ് ഈ ഓടമുള സ്വന്തം സംഗീതമുണ്ടാക്കാൻ അതിന് സാധ്യല്ല എന്നാൽ ജീവനുള്ള ഒരാളുടെ ചുണ്ടിലേക്കത് പകർന്നു വയ്ക്കുമ്പോൾ ആ മുളയുടെ ഉള്ളിൽ നിന്ന് സംഗീതം പൊഴിക്കാൻ സാധിക്കും ഏഴ് സ്വരങ്ങളുടെ ദ്വാരവും രണ്ടറ്റത്ത് ദ്വാരവും ചേർന്നാൽ ഒൻപത് ദ്വാരങ്ങൾ മുരളിയിൽ കാണാം നിങ്ങൾക്ക് നമ്മുടെ ശരീരവും ഒൻപത് ദ്വാരങ്ങളുള്ള ഒരു ജടവസ്തുവാണ് ഒരു കൊഴുപോലിരിക്കുന്നു പറയുകയാണ് നവദ്വാരേ പുരേദേഹി ഒൻപത് ദ്വാരങ്ങളാണ് ഇതിലൂടെയുള്ളത് ഈ നവദ്വാരങ്ങളുള്ള ഒൻപത് ദ്വാരങ്ങളുള്ള ഒരു ജടവസ്തുവിന് ചൈതന്യം കിട്ടുന്നത് എപ്പോഴാണ് ഒരു കൃഷ്ണന്റെ കയ്യിൽ അതിരിക്കുന്നത് ഈ ശരീരത്തെ ചൈതന്യവത്താക്കാൻ ഒരു കൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ് എപ്പോ കൃഷ്ണന്റെ സാന്നിധ്യം ഇതിലില്ലേ പിന്നെ ഈ സാധനം വെറും മുള തന്നെയാണ് അതുകൊണ്ടാണ് ഭാരതീയർ ഒരു ആള് മരിച്ചു കഴിഞ്ഞാൽ പണ്ട് ഇന്നിപ്പോതൊക്കെ വളരെ കുറവായി തുടങ്ങിയിരിക്കണം മരിച്ചു കഴിഞ്ഞാൽ മുളയിലാണ് ശവം കൊണ്ടുപോവുക മുള കൊണ്ടാണ് കെട്ട് ആദ്യം ആ ശവം കൊണ്ടുപോകാനുള്ള സംഗതികൾ ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ ആ കൾച്ചർ കാണാം ആ മുളയിൽ കെട്ടിക്കൊണ്ട് പോകുമ്പോ ഈ ശരീരം വെറും ഒരു മുളത്തണ്ട് മാത്രം അതിനെ സംഗീതവത്താക്കുന്നവനാരോ അവനാണ് കൃഷ്ണൻ എന്ന് പറയാണ് അപ്പൊ എന്ത് ആ കൃഷ്ണാനുഭൂതി അനുഭവിക്കണമെങ്കിൽ ചുംബിതം ഭഗവാന്റെ ചുണ്ടിലേക്ക് ആ മുരളി നിൽക്കുമ്പോഴാണ് അതിലൂടെ സംഗീതം പുഴയുന്നത് അതുപോലെ ഈ മനസ്സാകുന്ന ചുണ്ടുകൊണ്ട് ഭഗവാനെ ചുംബിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ഇതരരാഗ വിസ്മാരണം ജീവിതത്തിൽ ദുഃഖമുണ്ടാക്കുന്ന വികാരങ്ങളെ മറന്നുകൊണ്ട് ശോകനാശനം ദുഃഖത്തെ നശിപ്പിച്ചുകൊണ്ട് പറയണോ സ്വരതവർദ്ധനം ആനന്ദത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമല്ലോ ഭഗവാനെ അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്ന് പറയാണ് അപ്പൊ മനസ്സുകൊണ്ട് മനസ്സാകുന്ന ചുണ്ടുകൊണ്ട് കൃഷ്ണനെ ചുംബിക്കാൻ സാധിക്കണം പ്രേമത്തോടുകൂടി ചുംബിക്കാൻ സാധിക്കണം സംഗീതം എപ്പോഴും പുറത്തു വരിക ശാന്തമായ മനസ്സിൽ നിന്നാണ് ടെൻഷനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരിക്കലും സംഗീതം ചൊല്ലാൻ സാധ്യമല്ല നിങ്ങൾക്ക് കാണാം നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങളോടൊരു പാട്ട് പാടാൻ പറഞ്ഞു നോക്കൂ നിങ്ങളൊന്ന് കൊടുത്തിട്ട് വരും പാട്ട് ഹെൽത്തിൽ കുറവേയുള്ളൂ എന്ന് എന്നാൽ വളരെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ പൊതുവെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ പാടാത്തവരും പാടാറുണ്ട് അപ്പൊ ആ സമയത്ത് മനസ്സ് ശാന്തമാണ് മനസ്സിൽ സംഗീതം വരും പറയാം ഒരു പ്രേമഭാവം വരും എന്ന് പറയാം സ്നേഹഭാവം വരും എന്ന് പറയാം അപ്പൊ നമ്മുടെ ഉള്ളിൽ ഏത് പാട്ടുകാരനല്ലെങ്കിലും ബാത്റൂം പാട്ടെന്ന് പറയുന്നതിനെ അതറിയാത്ത സംഗീതം അറിയാത്തവരാരും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു മൂളിപ്പാട്ട് പാടിയേ പറ്റുള്ളൂ അത് നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെ വരും അറിയാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം സംഗീതമാക്കി തീർക്കണം ജീവിതമെങ്കിൽ എന്ത് വേണം സ്വരിത വേണുനാ സുഷ്ടുചുംബിതം എപ്പോഴും ഈ മുരളീധരനെ സ്മരിക്കുക ഒരു ഓടക്കൊള്ളു ചുംബിച്ചുകൊണ്ട് അതിലൂടെ സംഗീതം മുഴക്കുന്ന കൃഷ്ണനെ സ്മരിക്കുക എന്നിട്ട് മനസ്സാകുന്ന ഭഗവാനെ അങ്ങയെ ചുംബിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക അപ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭഗവാനെ നമ്മളെപ്പോ ചുംബിക്കുന്നുവോ ഭഗവാനെ പോ നാം എന്ന് പറഞ്ഞാൽ അർത്ഥം സ്മരിക്കുന്നുവോ പ്രേമത്തോടെ സ്മരിക്കുന്നുവോ ഇതര രാഗവിസ്മാരണം എല്ലാ ദുഃഖത്തിന്റെ രാഗങ്ങളെയും വിസ്മരിക്കാൻ സാധിക്കും ഭഗവാനെ ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നോക്കൂ എത്ര ആഴത്തിലേക്കാണ് ആ തത്വങ്ങളൊക്കെ വ്യാസമഹർഷി നമ്മളെ കൊണ്ടുപോകുന്നത് എന്നിട്ട് പറഞ്ഞു ഭഗവാനെ ഞങ്ങൾക്ക് പതിസുതാൻവയ അതിവിലങ്കുതാഗതോ ഗീതമോഹിതോഷിത ഭർത്താവുണ്ട് കുട്ടികളുണ്ട് വീടുണ്ട് പലതും പലതുമുണ്ട് അതൊക്കെ ഉപേക്ഷിച്ച് ഈ കാട്ടിൽ വന്ന് അങ്ങേയെ ശരണം പ്രാപിച്ച ഞങ്ങളെ ഈ രാത്രിയിൽ എന്തിന് കൃഷ്ണ ഉപേക്ഷിക്കണം ഞങ്ങളെ ഒന്ന് വന്നനുഗ്രഹിക്കൂ എന്നൊക്കെ പറഞ്ഞവര് വേദന കൊണ്ട് പ്രേമവിരഹത്താൽ താടിക്കൊണ്ട് ഭഗവാനെ സ്മരിച്ചപ്പോഴൊന്നും ഭഗവാൻ വന്നില്ല അപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ തോന്നിയത് അയ്യോ ഞങ്ങൾ ഇത്രയും നേരം ഞങ്ങളുടെ ദുഃഖാണല്ലോ പറയുന്നത് ആ ഭഗവാന്റെ വിഷമൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ലല്ലോ ഈ രാത്രിയിൽ കൂരാക്കൂരിട്ടുള്ള രാത്രിയിൽ കാട്ടിൽ വെളിച്ചമില്ലാതിരിക്കുമ്പോ അവിടെ ഭഗവാൻ ഓടിച്ചാടി ഞങ്ങളെ കാണാതെ മറയുമ്പോ ആ കല്ല് കൂർത്ത കല്ലുകളൊക്കെ ആ പാവം പാദങ്ങളിൽ കുത്തുമ്പോ വേദന ഉണ്ടാവില്ലേ കണ്ണന് ആ ഭഗവാന്റെ പാദങ്ങളിൽ വേദന ഉണ്ടാകുന്ന ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ഓർത്തുകൊണ്ട് അവര് പറയണോ േനാടവീ മടസിമുഷാം ഭഗവാനെ ആ കൂർത്ത മൂർത്ത കല്ലുകൾ അവിടുത്തെ കാലുകളിൽ പതിയുമ്പോൾ ആ വേദന ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് രാത്രിയിൽ ഞങ്ങളെ പരീക്ഷിക്കാൻ അങ്ങയ്ക്ക് വേദന ഉണ്ടാക്കരുത് ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഭഗവാനെ സ്മരിച്ചതും എപ്പോൾ ഗോപികൾ അവരുടെ ദുഃഖത്തെ മറന്ന് ഭഗവാനെ സ്മരിച്ചുവോ ഭഗവാനതാ അവരുടെ മുന്നിൽ പിതാംബരധാരിയെ കൊണ്ട് കാമദേവന് പോലും കാമഞ്ചനിപ്പിക്കുന്ന രൂപത്തെ എടുത്തുകൊണ്ട് പ്രകടമായതാണ് എവിടെ പ്രേമത്തോടുകൂടിയിട്ട് നാം ഭഗവാനെ വിളിക്കുന്നുവോ സ്മരിക്കുന്നുവോ അവിടെ ഭഗവാൻ പ്രകടമായിരിക്കുന്നതാണ് ഏത് രൂപത്തിൽ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പല രൂപങ്ങളിലും ഭഗവാൻ പ്രകടമാവാം പല ഭാവങ്ങളിൽ പ്രകടമാവാം പല ചിന്തകളുടെ രൂപത്തിൽ പ്രകടമാവാം പ്രതിബോധവിധിതം മതന്ന ഒരുപക്ഷേ ചിന്തകളുടെ രൂപത്തിൽ ഭഗവാൻ പ്രകടമാവുന്നു പ്രേമത്തോടുകൂടിയിട്ട് പാഞ്ചാലി വിളിച്ചപ്പോൾ സാരിയുടെ അവതാരം എടുക്കേണ്ടി വന്നു ഭഗവാൻ പ്രേമത്തോടുകൂടി വിളിച്ചപ്പോ എച്ചിലള കഴിക്കാൻ വേണ്ടി പോകേണ്ടി വന്നു ഭഗവാൻ പ്രേമത്തോടുകൂടി അർജുനൻ വിളിച്ചപ്പോ അർജുനന്റെ മുന്നിൽ ഗീതാചാര്യനായി ഭഗവാൻ ഇങ്ങനെ ഓരോരുത്തരുടെയും മുന്നിൽ ഭഗവാൻ പല പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ഉദ്ധവരുടെ മുന്നിൽ പരമഗുരുവായി തീർന്നു ഭഗവാൻ ഇങ്ങനെ ഓരോരുത്തരുടെയും മുന്നിൽ അവതരിച്ച ഭഗവാൻ ഇപ്പൊ നമ്മുടെയൊക്കെ മുന്നിൽ ഭാഗവത രൂപത്തിൽ അവതരിച്ചിരിക്കുന്നെങ്കിലും ഇനിയും നമുക്ക് അതിലൊന്നും വിശ്വാസം വന്നിട്ടില്ല എങ്കിൽ പ്രേമത്തോടുകൂടി സ്മരിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വേണ്ട രൂപത്തിൽ ഭഗവാൻ എത്തിയിരിക്കും പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കണ്ണു വേണം മനസ്സ് വേണം ഒരിക്കലൊരു ഭക്തനുണ്ടായിരുന്നു ഭഗവാന്റെ വലിയ ഭക്തനാണ് അദ്ദേഹം എപ്പോഴും നാരായണ നാരായണ നാരായണാനേ ജപിക്കുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ സുനാമി വന്നു കടൽപ്പുറത്തായാണ് താമസം സുനാമി വന്ന സമയത്ത് ഇയാൾ താമസിക്കുന്ന സ്ഥലത്ത് ചുറ്റും വെള്ളം വന്നു അപ്പൊ ഒരു തോണിക്കാരൻ പറഞ്ഞു നോക്കൂ ഇവിടെ കടലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേഗം ഇതിലേക്ക് കയറിക്കൊള്ളൂ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ എനിക്കത് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിൽ ആളെ രക്ഷപ്പെടുത്തണമെന്ന് അപ്പൊ അയാൾ ഇങ്ങനെ പറയാണ് നാരായണനാമം ചോദിച്ചിട്ട് പറയാം ഏയ് അങ്ങനെയൊന്ന് ഞാൻ വരില്ല എന്നെ രക്ഷിക്കാൻ ഗുരുവായൂരപ്പൻ വരും എന്ന് അയാൾ പോവുകയും ചെയ്തു എന്നിട്ട് അടുത്ത ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് അയാൾ പോയി കുറച്ചു കഴിഞ്ഞപ്പോ സുനാമിയുടെ ആഘാതം ഒന്നുകൂടി കൂടി ബോട്ടു ആയിട്ടൊരു പാർട്ടി വരുന്നുണ്ട് അദ്ദേഹം എത്രയും വേഗത്തിൽ കയറിക്കോളൂ വെള്ളം കൂടുതൽ കൂടുതൽ കയറി വരികയാണെങ്കിൽ നിവൃത്തിയില്ലയാണ് അയൽ പറഞ്ഞു ഏയ് ഞാനിതിലൊന്നും കയറില്ല ഞാൻ ഗുരുവായപ്പൻ വന്നാലേ പോവുള്ളൂ അവരും പോയി കുറച്ചു കഴിഞ്ഞപ്പോ കുറേയും കൂടി കഴിഞ്ഞപ്പോ വെള്ളം അങ്ങോട്ട് കൂടി ഈ എന്താണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങി ഇദ്ദേഹം വീട്ടിന്റെ മുകളിൽ കയറി ഓടിന്റെ പുറത്തിരിക്കുകയാണ് എപ്പോഴാ വെള്ളത്തിലേക്ക് വീട് പോകണൂ എന്നുള്ളതാണ് ആ സമയത്ത് ഹെലികോപ്റ്ററിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എയർഫോഴ്സിന്റെ വല്ലവരെയൊക്കെ രക്ഷിക്കാനുണ്ടോന്ന് അപ്പൊ ഇയാൾ വീട്ടിന്റെ മുകളിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഹെലികോപ്റ്ററിന് അനൗൺസ്മെന്റ് നടത്തി ഇതേ എത്രയും വേഗം ഞങ്ങളൊരു സാധനട്ട് തരാം പിടിച്ചത് കയറിക്കോളൂ എന്ന് വയലൂറിന് ഞാൻ വരില്ല ഗുരുവായപ്പൻ വരും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ സുനാമിയിൽ വീട് മുഴുവൻ വെള്ളത്തിലേക്ക് പോയി ഇയാൾ ശ്വാസം മുട്ടി വെള്ളം കുടിച്ച് മരിച്ചു അങ്ങനെ ഇയാൾ സ്വർഗത്തിലെത്തി പറയുന്നത് കാരണം പുണ്യം കുറച്ച് ചെയ്തിട്ടുണ്ട് നാമൻചൊല്ലി എന്നുള്ളത് അവിടെ എത്തിയപ്പോൾ ഗുരുവാരപ്പനെ കണ്ടു പറഞ്ഞു എന്നാലും ഈ ചതി ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ലാന്ന് ഭഗവാൻ ചോദിച്ചേത് ചതിന്ന് അല്ല അങ്ങല്ലേ പറഞ്ഞു അങ്ങയെ സ്മരിച്ചാൽ അങ്ങ് രക്ഷിക്കാൻ വരും എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു ഞാൻ രക്ഷിക്കാൻ വന്നില്ലാന്ന് ഇങ്ങനെ അങ്ങേക്ക് അറിയാമെന്ന് അങ്ങ് വന്നില്ലല്ലോ ഞാൻ എത്ര കരഞ്ഞു ഞാൻ എത്ര കാത്തിരുന്നു നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ മഞ്ഞപ്പട്ടോ കൊഴുത്ത് ശങ്കചക്ര കഥ വെച്ചിട്ട് നിങ്ങളെ രക്ഷിക്കാൻ വരുന്നു എനിക്കതിന്റെ പണിയല്ലേ ഞാൻ വന്നു സുഹൃത്തെ നീ അത് തിരിച്ചറിഞ്ഞില്ല ഞാനൊരു തോണിക്കാരന്റെ രൂപത്തിൽ വന്ന് നിന്നെ വിളിച്ചുപോ അതങ്ങായിരുന്നു പിന്നെ ആരായിരുന്നു ഞാൻ തന്നെയായിരുന്നു അങ്ങനെ വന്നത് എന്നിട്ടും നീ പൊട്ടൻ കേട്ടില്ല എന്നിട്ട് ഞാനൊരു ബോട്ടിന്റെ രൂപത്തിൽ വന്നു അത് ശേഖരൻകുട്ടിയല്ലേ ഞാൻ തന്നെയാണ് ശേഖരൻകുട്ടിയുടെ രൂപത്തിൽ വന്നത് എന്നിട്ട് ഹെലികോപ്റ്ററിൽ അത് പട്ടാളക്കാരല്ലേ അതൊക്കെ ഞാൻ തന്നെയായിരുന്നു പറയാൻ അപ്പൊ ഏത് രൂപത്തിൽ ഭഗവാൻ വരുന്നു എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അറിവ് മനസ്സിലാക്കാൻ പറ്റും ചിലർക്കത് മനസ്സിലാക്കാൻ പറ്റും ചിലർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല ഏതായാലും ഇപ്രകാരം അവര് കരഞ്ഞതും ഭഗവാൻ പ്രകടമായി ഭഗവാൻ പ്രകടമായതും ഒരു വിരഹ ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ അതായത് രണ്ടു മൂന്ന് വർഷം ഭർത്താവ് ഗൾഫിലിരുന്നിട്ട് ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അതുപോലെ ആ ഗോപികമാർക്ക് ഭഗവാൻ കുറെ കാട്ടിൽ കൊളിഞ്ഞിരുന്നിട്ട് പിന്നെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഗോപികമാരുടെ കാര്യത്തിൽ ഓക്കെ നമ്മുടെ കാര്യത്തിൽ അത്ര ശരിയില്ല സ്വാമി എന്ന് അന്ന് അത്ര തീവ്രതയൊന്നുമില്ല കാരണം ഡെയിലി ചാറ്റിംഗ് പിന്നെ എന്താണ് എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിലൂടെയൊക്കെ അന്ന് പലതും നടത്താൻ പറ്റില്ലല്ലോ അന്നതൊന്നും സൗകര്യങ്ങളില്ല ഇന്നിപ്പോൾ ഫോൺ എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഭഗവാനെ കണ്ടതും അവരെല്ലാം മറന്നുകൊണ്ട് ഒരാളാ ഭഗവാനെ ആലിംഗനം ചെയ്യണോ ഒരാളുമായി ഉമ്മ വയ്ക്കണോ ഒരാൾ ഭഗവാന് താമ്പൂലം കൊടുക്കണോ ഒരാൾ താമ്പൂലം തുപ്പാൻ തന്റെ കൈ വെച്ച് കൊടുക്കണു എന്തൊക്കെയാണ് അവർക്കറിയില്ല ഭ്രാന്ത അവർ മറന്നുകൊണ്ട് ഭഗവാന്റെ നേരെ ചാടുന്നു ഓടുന്നു പിന്നെ അവിടെ വച്ച് ഭഗവാൻ അവരുടെയൊക്കെ കൂടെ രാസനൃത്തം ആടണം നൂറ്റിപ്പത്ത് ഗോപികളുമായിട്ട് ഭഗവാൻ രാസലീല ആടിയാണ് ഒരു രാസമണ്ഡലി തയ്യാറാക്കിയിട്ട് അവിടെ വെച്ച് അവർ നടത്തിയ നൃത്തം ആ നിലാവുള്ള രാത്രിയിൽ അവരുടെ താളം വിളിച്ചുള്ള പാട്ടും നൃത്തവും പതിനാറായിരം രാഗത്തിൽ പാട്ടുപാടിയിട്ട് നൃത്തമാടി പറയുന്നത് ഏതായാലും ആ ധന്യമായ വൃന്ദാവന ഭൂമിയിലൂടെ ചന്ദ്രൻ ഇങ്ങനെ കടന്നു പോവുകയാണ് നൃത്തം കണ്ടപ്പോ തോന്നി ഇന്നേ ശോക കണ്ടിട്ടേ പോവുള്ളൂ എന്ന് ചന്ദ്രൻ കറക്കൻ നിർത്തി അപ്പോഴാണ് ചന്ദ്രന് ബോധം വന്നത് താൻ മാത്രം നിർത്തിയിട്ട് കാര്യമില്ല മറ്റവരും വന്നിരിക്കും എന്നുള്ളത് അവരോടൊക്കെ പറഞ്ഞു നിങ്ങളൊക്കെ ഒന്ന് നിർത്തിവയ്ക്കൂ നമ്മളൊക്കെ കുറച്ചു നേരത്തേക്ക് ഡാൻസൊന്നും നിങ്ങളൊന്ന് കറക്കൊന്നും വേണ്ട നോക്കൂ ആ കാലഘട്ടത്തിൽ ഗ്രഹങ്ങൾ കറങ്ങുന്നു എന്നൊക്കെയുള്ള അറിവ് ഉള്ളതുകൊണ്ടാണല്ലോ ഗ്രഹങ്ങളോട് നിൽക്കാൻ പറയുന്നത് ഗ്രഹങ്ങളൊക്കെ സ്തംഭിച്ചു എന്ന് പറയുന്നു എത്ര ദിവസം എത്ര നിലാവ് ഉണ്ടായിരുന്നു എന്നും എത്ര ദിവസം ആ രാസലീല ഉണ്ടായിരുന്നു എന്നും പറയാൻ സാധ്യല്ല ഏതായാലും ഗോപികമാരുടെ ജീവിതത്തിന്റെ പരിപൂർണ അനുഗ്രഹീതമായ നിമിഷങ്ങളായിരുന്നു ആ രാസലീല പ്രിയ എല്ലാം മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് അവർ ഭഗവാനുമായിട്ട് രാസനൃത്തം അടിയെന്ന് ഇതാണ് രാസലീല അവിടുത്തെ ലീലയുടെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ പതിനാറായിരം ഒരു ലക്ഷത്തി ഒരു കോടിയിലധികം നൂറ് കോടിയിലധികം ഗോപികമാരെന്നൊക്കെയാണ് പറയുന്നത് ഓരോ ഗോപികയ്ക്കും തോന്നിയത്രേ തങ്ങളുടെ കൂടെക്കൊരു കൃഷ്ണനുണ്ടെന്ന് ഭഗവാൻ ഒന്നേയുള്ളൂ പക്ഷെ ഗോപികമാരനവധിയിരുന്നു അവരൊക്കെ കൂടെ ഭഗവാൻ ആടുമ്പോ ഓരോ ഗോപികയ്ക്കും തോന്നി എന്റെ കൂടെ മാത്രമേ കൃഷ്ണനുള്ളൂ എന്ന് അങ്ങനെ ഒരു വികാരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നാണ് അങ്ങനെ അവരുടെ ജീവിതത്തെ ധന്യമാക്കിയ നൃത്തമാണ് രാസലീല അപ്പോ ഇത് ഈ കഥ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കഥയുമായിട്ട് എന്താണ് ബന്ധമുള്ളത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കുറെ ഗോപികമാരുമായിട്ട് ഭഗവാൻ രാസലീല ആടിയിരിക്കാം ഇന്നും നിങ്ങൾ വൃന്ദാവനത്തിൽ പോയ രാസലീല ആടിയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഏതായാലും ആ സ്ഥലം കണ്ട ഒരു കോടി ജനങ്ങളൊന്നും അവിടെ കൊള്ളില്ല ചെറിയൊരു വട്ടം സ്ഥലങ്ങളിലൂടെ അപ്പൊ ഈ കഥയുടെ പിന്നിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന തത്വം എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാസം എന്ന് പറഞ്ഞാൽ രസം എന്നാണല്ലോ അർത്ഥം ജീവിതം രസിക്കണം അതാണല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യം ദുഃഖിക്കാനല്ല ആരും വന്നിരിക്കുന്നത് എല്ലാവരും ആനന്ദിക്കാനാ വന്നിരിക്കുന്നത് ർക്കും ദുഃഖം ആവശ്യമില്ല പിന്നെയും ദുഃഖം എവിടെ നിന്ന് കടന്നു വരുന്നു അതാണ് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് പറയുന്നു ജീവിതം രസിക്കാനറിയാത്തവർക്കാണ് ദുഃഖം വരുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് താരതമ്യങ്ങളിലിരിക്കുകയാണ് കമ്പാരിസൺ ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രശ്നം അടുത്ത വീട്ടിലേക്ക് നോക്കിയിട്ടാണ് നമ്മുടെ സുഖം നിശ്ചയിക്കുന്നത് അടുത്ത വീട്ടിലെ ഭർത്താവ് നന്നായി പെരുമാറുന്നത് കണ്ടുകഴിഞ്ഞാൽ ഭർത്താവിനോട് അസൂയും കണ്ടില്ലേ അയാൾ എന്തൊക്കെയാ പറയണത് ഭാര്യയോട് ഓ പോകുമ്പോഴും പറയണു നോക്ക് നീ അല്ലാതെ വേറെ ആരും എനിക്കില്ല എന്ത് ചെയ്യുമ്പോഴും നന്ദി പറയണോ അത് ഇത് നിങ്ങൾ എന്തെങ്കിലും നല്ല വാക്കെന്നോട് പറഞ്ഞിട്ടുണ്ടോ അത് കമ്പാരിസൺ തുടങ്ങും അപ്പുറത്തുള്ള ഭാര്യയെ നോക്കിയിട്ട് ഇവിടുത്തെ ഭർത്താവ് തുടങ്ങും നീ എത്ര അതായിട്ടാണ് ഭർത്താവിനെ അവള് കൊണ്ടു നടക്കണത് നീ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ എന്റെ കാര്യം നോക്കിയിട്ടുണ്ടോ രാവിലെ എണീക്കണോ കുളിക്കണോ വിളക്ക് വെക്കണോ എന്താ ഒരു അച്ചടക്കവും ചിട്ടയും നീയാണെങ്കിൽ എണീക്കണമെങ്കിൽ ഞാൻ എത്ര അലറണം ഇങ്ങനെ കമ്പാരിസണിലാണ് ലോകം നിൽക്കുന്നത് നമ്മളും കുട്ടികളേതാ നോക്കുന്നത് നോക്ക അടുത്ത കുട്ടി പഠിക്കുന്നത് നോക്കണാന്ന് അപ്പോഴേക്കും ഇവൻ തുടങ്ങും ഈശ്വര എന്തിനാ കുട്ടിക്ക് ജീവൻ കൊടുത്തതെന്ന് ഇങ്ങനെ കമ്പാരിസണിലാണ് ലോകം വളരുന്നത് മറ്റൊരാളെ നോക്കിയിട്ട് നമുക്ക് കുറവുകളുണ്ട് നോക്ക് അപ്പൊ നമ്മൾ ആദ്യം അംഗീകരിച്ചിരിക്കണോ പലതിന്റെയും കുറവുകൾ നമുക്ക് ഉണ്ട് എന്നുള്ളത് ഒരു ഭാര്യയും ഭർത്താവും ചിരിച്ച് തമാശയായിട്ട് പോണ് കണ്ടുകഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാത്തൊരു ഭാര്യയ്ക്ക് അസൂയ വരും അപ്പോൾ എന്തൊരു ജീവിതമാണ് അവരുടെ ജീവിതം എനിക്കങ്ങനെ ഒരു ജീവിതം കിട്ടിയില്ലല്ലോ ചിലപ്പോൾ ഭ്രാന്താവ് അവർക്ക് അത് നമ്മളറിയില്ല നമ്മൾ എന്നാലും അങ്ങനെ പറയുന്നു പറയാനാണ് അതിന്റെ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കില്ല എപ്പോഴും നമ്മുടെ മനസ്സ് അങ്ങനെ ചിന്തിക്കുന്നു അപ്പോ ജീവിതത്തിൽ രസം അനുഭവിക്കണമെങ്കിൽ മരിക്കുന്നത് രസം അനുഭവിക്കണമെങ്കിൽ ആദ്യം ഈ കമ്പാരിസൺ എടുത്ത് കളയണം നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുന്നത് എടുത്ത് കളയണം അതിനെന്ത് വേണം ഒരാളുമായി താരതമ്യം ചെയ്ത് എടുത്ത് കളയണമെങ്കിൽ നമ്മളിൽ ഉള്ളതിനെ നമ്മൾ തിരിച്ചറിയണം അതാരാണ് നമ്മളിൽ ഉള്ളത് നമ്മളെ നമ്മളാക്കി തീർക്കുന്നത് കൃഷ്ണനാണെന്ന ബോധം വെച്ചുകൊണ്ട് കൃഷ്ണനിൽ രസിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം കൃഷ്ണനെ മനസ്സിലാക്കി കൃഷ്ണനിൽ രസിക്കുന്നതിനെയാണ് കൃഷ്ണപ്രേമം ഭക്തി എന്നെല്ലാം പറയുന്നത് ഭഗവാനിൽ മനസ്സ് വച്ച് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിക്ക പ്രേമത്തോടുകൂടിയിട്ട് അങ്ങനെയൊരു പ്രേമം നമുക്ക് ഹൃദയത്തിൽ വാർത്തെടുക്കാൻ സാധിച്ചാൽ നിങ്ങൾ മീരാഭായിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ ഒരുപാട് നമ്മുടെ ആചാര്യന്മാരുടെ ജീവിതം എടുത്ത് നോക്കൂ അവരൊക്കെ ജീവിതത്തിൽ ആനന്ദിച്ചത് ഈ ഭക്തിയിലൂടെയാണ് പ്രിയാണ് പ്രേമത്തിലൂടെയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമ്മുടെ ജീവിതം രാസലീലയാക്കാം ലീല എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ ഒരു ലീല തന്നെ ഒരു അഭിനയം തന്നെ ഒരു നടനം തന്നെ അതുകൊണ്ടാണ് നമ്മുടെ ഭഗവാൻമാരെയൊക്കെ വിളിക്കുന്നത് നടന്മാരെന്നാ വിളിക്കുക എല്ലാവരും നടിക്കാൻ കേമന്മാരാണ് നടന്മാരിൽ ഏറ്റവും കേമനായിട്ടുള്ള ഗുരുവാണ് നടനം ചെയ്യുന്ന ഗുരുവാണ് നടഗുരുവായിരിക്കുന്ന നമ്മുടെ പരമശിവൻ അതുകൊണ്ട് അദ്ദേഹത്തിന് പേരുണ്ട് നടരാജഗുരുന്ന് ഭഗവാൻ നടരാജനൃത്തം ചെയ്യും നടനം ചെയ്യുന്നതിൽ ഗുരുവാണ് അദ്ദേഹം ഇനി ഭഗവാൻ കൃഷ്ണനെ വിളിക്കുമ്പം പറയും നടവരവൂ എന്ന് നടനം ചെയ്യുന്നതിൽ ഉത്കൃഷ്ണനാണ് ഭഗവാൻ ഈ രാസലീലയിൽ തന്നെ വരും ആ ഭാഗം ഇങ്ങനെയൊക്കെ ഭഗവാൻമാർ നടനം ചെയ്യുന്നു എങ്ങനെയാ അവർക്ക് നടനം ചെയ്യാൻ സാധിച്ചത് പ്രേമത്തിലൂന്നിയ ജീവിതം അങ്ങനെ പ്രേമത്തിലൂന്നിയ ജീവിതം ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയിലൊക്കെ കാണാം ഭഗവത് ചൈതന്യമുള്ളതുകൊണ്ടാണ് ഈ പ്രകൃതിക്കൊക്കെ ഒരു പ്രസക്തിയുള്ളത് എപ്പോ ഭഗവത് ചൈതന്യമില്ലേ പ്രകൃതിക്കൊരു പ്രസക്തിയില്ല കറണ്ട് ഇല്ല എങ്കിൽ ഉപകരണങ്ങൾക്കൊക്കെ എന്ത് പ്രസക്തിയുണ്ട് ഭഗവത് ചൈതന്യമില്ലെങ്കിൽ ഈ ലോകത്തിനെന്ത് പ്രസക്തിയുണ്ട് അങ്ങനെ നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കാനും ഭഗവാനെ വിചാരം ചെയ്യാനും സാധിച്ചാൽ അത് തന്നെ രാസലീല പറയാം ഈ രാസലീല എന്നുള്ളതിന് മറ്റൊരു ശബ്ദമുണ്ട് രാസം എന്നതിന് പൊതുവെ കാമം എന്നൊരർത്ഥമുണ്ട് കാമം അതിലൂടെയാണ് ഓരോ ജീവനും പ്രകടമാവുന്നത് അതുകൊണ്ട് ഏത് മനുഷ്യനിലും പ്രബലമായ രണ്ട് വികാരങ്ങൾ ഒന്ന് കാമവും രണ്ട് സ്നേഹവുമായിരിക്കും അതില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ലോകത്തിൽ ഏത് മൃഗത്തിലും ഉണ്ടായിരിക്കും കാമവും സ്നേഹവും ഒരു പട്ടിയിലുമുണ്ട് കാമം പട്ടിയിലുമുണ്ട് സ്നേഹം ഒരേറ്റവും ക്രൂരനായ സിംഹത്തിലും കാമുണ്ട് ആ സിംഹത്തിനും സ്നേഹമുണ്ട് അതിൻ്റെ കുട്ടിയോട് ഏത് ജീവജാലങ്ങൾക്കത് സഹജമാണ് അത് തന്നെ മനുഷ്യരിലും എന്നാൽ പ്രേമം മനുഷ്യർക്ക് മാത്രമേയുള്ളൂ എന്താണിത് തമ്മിലുള്ള വ്യത്യാസം കാമമെന്നാൽ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സാധനങ്ങളോടും വ്യക്തികളോടുമുള്ള ആസക്തിക്കാണ് കാമം എന്ന് ഒരു ഭർത്താവിന് ഭാര്യയോട് കാമമുണ്ടാവും അതുപോലെ ഭാര്യയ്ക്ക് തിരിച്ചു ഇങ്ങോട്ടുണ്ടാവും കാമുകന് കാമുകയോടുണ്ടാവും കാരണം അത് ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ഒരു സംതൃപ്തിയാണത് എന്നാൽ കുട്ടികളോടൊക്കെയുള്ള വികാരമെന്ന് പറയുന്ന സ്നേഹമാണത് അത് കുറേയും കൂടി സൂക്ഷ്മമാണത് അത് മാനസികമായിട്ട് കുറേ കൂടി ആഴത്തിലിരിക്കുന്നു സ്നേഹം എന്നാണ് അതും കഴിഞ്ഞിട്ടുള്ളൊരു തലമാണ് പ്രേമെന്നത് പ്രേമമെന്നത് ബുദ്ധിയുടേതാണ് വിവേകത്തിൻ്റെതാണ് ഭഗവാനെ പ്രേമിക്കാൻ സാധിക്കണമെങ്കിൽ വിവേകബുദ്ധി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ആസക്തമാക്കുകയാണെങ്കിൽ എന്നിലേക്ക് ആസക്തമാക്കാൻ പരിശീലിക്കൂ വിവേകം കൊണ്ട് അതെന്തിനാ ഭഗവാനെ അങ്ങയിൽ ആസക്തമാക്കുന്നത് അങ്ങയിൽ ആസക്തമാക്കിക്കഴിഞ്ഞാൽ എന്താ ഞങ്ങൾക്ക് കിട്ടുന്നത് ഭഗവാൻ പറയുന്നു നിങ്ങൾ കാമത്തിലും സ്നേഹത്തിലുമാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സുഖങ്ങളെല്ലാം ഭയത്താലും ദുഃഖത്താലും നിറഞ്ഞിരിക്കും ഇന്ന് സ്നേഹിക്കുന്നവര് നാളെ വിട്ടുപോകുമെന്ന ഭയം ഇന്ന് സ്നേഹിക്കുന്നത് നാളെ നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം ദുഃഖം ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായേപ്പറ്റുള്ളൂ എന്നാൽ എന്നെ സ്നേഹിക്കുന്ന സമയത്ത് ദുഃഖവും ഭയവുമില്ലാത്തൊരു സുഖം അനുഭവിക്കാൻ പറ്റും അതാണ് സോരി പറഞ്ഞത് സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുനാ സുഷ്ടുചുംബിതം എല്ലാ ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു സുഖം നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കും അപ്പൊ ആരെങ്കിലും പറയാണ് എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ നിറഞ്ഞതല്ലേ ഇത് തീർച്ചയായിട്ടും ആരെ സംബന്ധിച്ച് കേവലം കാമത്തിലും സ്നേഹത്തിലും ജീവിക്കുന്നവര് സുഖദുഃഖങ്ങളിലൂടെ തന്നെ കടന്നു എന്നാൽ എപ്പോ നാം പ്രേമത്തിലേക്ക് ഉയരുന്നുവോ അവിടെ സുഖവും ദുഃഖവും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന പ്രിയാണ് ആര് വിട്ടുപോയാലും ആര് കൂടെയുണ്ടായാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ധൈര്യത്തോടുകൂടി പറയാൻ സാധിക്കും ഈശ്വര അങ്ങെപ്പോഴും കൂടെയുണ്ടല്ലോ അങ്ങയെ സ്മരിക്കാൻ തന്നെ സാധിക്കട്ടെ ഇത് പറയാൻ സാധിക്കും അപ്പോൾ നമുക്ക് പാഞ്ചാലി ശരീരം വിട്ടുപോയതൊക്കെ നമുക്ക് ശരിക്കും ബോധ്യം വരും പാഞ്ചാലി ശരീരം വിട്ടു പോകുന്ന സമയത്ത് ഒരു ഭർത്താവിനെ സ്മരിച്ചുകൊണ്ടല്ല പോയതെന്ന് ഭാഗവതത്തിൽ നമ്മൾ കാണേണ്ടായി വാസുദേവി ഭഗവതി ഏകാന്തമതിരാപഥം പതീനാം എന്നൊക്കെ ഭാഗവതത്തിന്റെ വരികളിൽ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യം വരും ഈ ഒരു അനുഭൂതിയാണ് രാസലീല എന്ന് പറയുക അപ്പൊ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ മനസ്സിനെ വെച്ച് ആ പ്രേമാനുഭൂതി രസിച്ച് ജീവിതം ഒരു ലീലയാക്കി കൊണ്ടു നടക്കാൻ സാധിച്ചാൽ അത് തന്നെ രാസലീല അതിവിടെ ആർക്ക് സാധിക്കുന്നുവോ അവർക്ക് ജീവിതത്തിൽ ശോകനാശനം ദുഃഖം എന്നതൊന്നും ഉണ്ടാവില്ല വിചാരിച്ചാൽ പോലും ദുഃഖിക്കാൻ സാധ്യമല്ല ആ അനുഭൂതിയാണ് നമുക്ക് കൈവരിക്കേണ്ടതെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം ഇത്രയും പറഞ്ഞ ഈ ഭാഗം ഉപസമരിപ്പിക്കുന്നു ഇനി അടുത്തതാണ് കംസവധം പിന്നീട് വീണ്ടും സുവർണകാലം ദ്വാര ഇവിടെ കഴിഞ്ഞു വൃന്ദാവനത്തിൽ കഴിഞ്ഞു ഭഗവാൻ അവിടെ നിന്നും വിടാനുള്ള തയ്യാറെടുപ്പിലേക്ക് എത്തുകയാണ് വീണ്ടും ഭഗവാന്റെ മഹത്വം നന്ദഗോപർക്ക് മനസ്സിലാവും ഒരിക്കൽ അദ്ദേഹത്തെ നന്ദഗോപരെ ഒരു വരുണൻ പിടിച്ചുകൊണ്ടുപോകും ഒരു തീർത്ഥത്തിൽ കുളിക്കുന്ന സമയത്ത് അന്ന് വരുണൻ കൊണ്ടുപോയ സമയത്ത് ഭഗവാൻ രക്ഷിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് നന്ദഗോപർക്ക് മനസ്സിലായി താൻ പിതാവായിട്ടിരിക്കുന്ന കൃഷ്ണൻ ആരാണെന്നുള്ള മഹത്വം അതെല്ലാം ഗോപന്മാരോട് പറഞ്ഞു കൊടുക്കും ഭഗവാൻ അദ്ദേഹത്തിനെ ബോധിപ്പിക്കുകയാണ് ഇനി പോവാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നീട് അരിഷ്ടൻ വരും മുഷ്ടികൻ തുടങ്ങിയിട്ടുള്ള അസുരന്മാരൊക്കെ കേശിയുടെയൊക്കെ ഒരു കാളയുടെയും കുതിരയുടെ രൂപത്തിൽ വന്ന വൃന്ദാവനത്തിൽ ബഹളം വയ്ക്കും അവരെയൊക്കെ ഭഗവാൻ വധിച്ചതിനു ശേഷം ഇനി കംസന്റെ വധമാണ് അത് സാധ്യമായത് ദിവസം നാരദ മഹർഷി കംസന്റെ കൊട്ടാരത്തിലെത്തി അവിടെ വച്ച് നാരദരെ സ്വീകരിച്ചു പേടിയുണ്ട് എന്തൊക്കെ കുഴപ്പമില്ല ഉണ്ടാക്കാൻ പോവുക എന്നറിയില്ല എന്തായാലും ചോദിച്ചു അല്ല കംസ നിന്റെ മന്ത്രിസഭയിൽ കുറെ മന്ത്രിമാരുണ്ടായിരുന്നില്ലേ ഓ അവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വരുമ്പോ കാണാറുണ്ടല്ലോ ഇപ്പോഴൊന്നും കാണുന്നില്ലേ അവരൊക്കെ അവരൊക്കെ കുട്ടികളെ മതിക്കാൻ വേണ്ടി പോയതാണ് അവരൊക്കെ ജീവിച്ചിരിക്കണ്ടോ ഒക്കെ കാലദോഷം എന്ന് പറയാലോ വിധി പ്രതികൂലമായി അവരൊക്കെ മരിച്ചു പോയിരുന്നു എങ്ങനെയാ മരിച്ചത് ആയുസ് ഇട്ടിട്ടുണ്ടാവല്ല അതപ്പൊ എന്റെ കംസ നീ ഒരു പൊട്ടന എത്രയും വേഗപരിധിക്ക് പോവോ അവരൊന്നും ആയുസ് പോയിട്ടല്ല മരിച്ചത് പിന്നെ അവരെയൊക്കെ കൊന്നതാണ് ആര് എവിടെ വെച്ച് നീ എന്താ മനസ്സിലാക്കിയത് നിന്നെ കൊല്ലാനുള്ള ശത്രു അവതരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് നൂറ് സത്യം എവിടെ അവതരിച്ചിട്ടുണ്ട് ദേവകീ ദേവിയുടെ പുത്രനായി അവതരിച്ചിട്ടുണ്ട് ഹേയ് ആ കുട്ടിയെ ഞാൻ പിടിച്ചത് ആകാശത്തിലേ പറഞ്ഞു അതൊന്നല്ല കംസ കുട്ടി പിന്നെ നിന്നെ പറ്റിച്ചതല്ലേ വസുദേവരൻ ദേവകീ ദേവി പറ്റി നിന്നെ ചതിച്ചു കംസ ആ കുട്ടി പ്രസവിച്ച ഉടനെ കൊണ്ടുപോയി മാറ്റി നന്ദഗോപരന്റെ ഗൃഹത്തിൽ വളരുന്ന കൃഷ്ണൻ നിന്നെ കൊല്ലാൻ അവതരിച്ച അന്തകനാണ് നിന്റെ അത് കേട്ടത് കംസൻ വാളൊക്കെ എടുത്തു ഇന്നാ ഇപ്പൊ അവളെ ശരിയാക്കിയിട്ട് കാര്യം ഇനി വസുദേവൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നിൽക്കു നിൽക്കും മുഴുവൻ പറയട്ടെ എടുത്ത് ചാടി പോവേണ്ടാൽ പിന്നെ രാമൻ ഉണ്ടല്ലോ അതും അവതാര തന്നെയാണ് ഇനി കേൾക്കൂ എന്നിട്ട് ഓടുന്നേ നീ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ നേരെ ചെല്ലുകയും വേണ്ടു നിനക്കറിയാലോ നിന്റെ കേശിയുടെ ശക്തി നിനക്കറിയാലോ അകന്റെ ശക്തി ആ അറിയാം അപ്പൊ നീ അങ്ങോട്ട് പോയാലോ അതന്നെ അപ്പൊ എനിക്ക് അപ്പൊ ഇത്തിരി ബുദ്ധിമാ സാമർത്ഥ്യത്തോടുകൂടി വേണം കൊല്ലാൻ അതല്ലേ എനിക്കില്ലാത്തത് അങ്ങൊന്ന് പറഞ്ഞു തരും എന്താ മാർഗം എന്ന് പറഞ്ഞു കംസ ശിവരാത്രിയല്ലേ വരുന്നത് അതെ അപ്പൊ ശിവരാത്രിക്ക് നമുക്കൊരു പ്രത്യേക പൂജകളൊക്കെ അല്ലേ ഇവിടെ അതെ അപ്പൊ മല്ലയുദ്ധം വെച്ചിട്ട് അതിൽ വെച്ച് കൊന്നാൽ കൊല്ലും നിന്റെ ചാണൂരന് മുഷ്ടികനൊക്കെ അല്ലേ അവരെ കൊണ്ട് കൊന്നോളൂ അവർക്ക് പറ്റിയില്ലെങ്കിലോ നീ കൊന്നോളൂ അവരെന്നെ കൊല്ലൂ എന്ന് അത് കണ്ടറിയണം അപ്പൊ എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു വഴികളൊക്കെ ഇത് കേട്ടതും കംസനതാ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ദേവഗീതേവയുടെയും വസുദേവരുടെയും ഗൃഹത്തിൽ ചെന്ന് രണ്ടുപേരെ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു വഞ്ചകന്മാര് ചതിയന്മാര് കൊല കൊടുക്കാൻ വേണ്ടി എന്നെ നിശ്ചയിച്ചിരിക്കുകയാണല്ലേ ആ കുട്ടിയെ നിങ്ങൾ രക്ഷിക്കും തോന്നുന്നുണ്ടോ അവനെ കൊന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ അവനെ കൊന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ശിരസ് വിട്ടു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കാരാഗ്രഹത്തിലിട്ടു എന്നിട്ട് അവിടെ വെച്ച് ഉച്ചത്തിൽ അലറി ഇനി ഇനി ആരെങ്കിലും ഇവിടെ നിന്ന് വൃന്ദാവനത്തിലേക്കൊക്കെ പോയി അവന്റെ തല ഞാൻ വെട്ടുന്നു കാരണം തന്റെ ശത്രു അവിടെ വളർന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്റെ കുറെ പ്രതികൂലി ആയിട്ടുള്ള ആളുകൾ അവിടെ പോകുമെന്ന് മനസ്സിലായി ഉടനെ തന്നെ അക്രൂരന്റെ വീട്ടിൽ പോയി നോക്കും മറ്റന്നാൾ ശിവരാത്രിയല്ലേ അതെ അക്രൂര് കാലൊക്കെ പിടിച്ചു കാരണം രാജാവാദ്യയിട്ടാ കൊട്ടാരത്തിൽ തന്റെ വീട്ടിലൊക്കെ വരുന്നത് ചോദിച്ചു എന്താവോന്ന് കൃഷ്ണനും രാമനുമായിട്ട് രണ്ട് കുട്ടികളാ വൃന്ദാവനത്തിൽ വളരുന്നുണ്ട് അത്രേ എന്റെ ശത്രുക്കളാ പറഞ്ഞ രണ്ട് സാധനങ്ങൾ അവരാ അതുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരണം അങ്ങാണ് അതിന് ഉചിതനായിട്ടുള്ള ചെറിയ അച്ഛനുമാണല്ലോ അങ്ങ് പറഞ്ഞാൽ വിളിച്ചാൽ വരും ചെയ്യും എന്തിനാ കൊണ്ടുവരുന്നതും കൂടി കേട്ടോളൂ കൊല്ലാനാ ഞാൻ അതുപോയി എഴുന്നള്ളിക്കേണ്ട അവരടുത്ത് നിന്നിട്ട് നിങ്ങളെ കൊല്ല അമ്മാവൻ വിളിക്കണ്ടതെന്ന് അതൊന്നും പറയേണ്ട ശിവരാത്രിയാണ് ആഘോഷമാണ് അമ്മാവൻ ക്ഷണിച്ചിട്ടുണ്ട് അമ്മാവനെ കാണണമെന്ന് പ്രത്യേകം എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരിക ഇവിടെ വെച്ച് ഞാൻ രണ്ടിനെയും വെട്ടിക്കൊന്ന് ആ യേശോ വസുദേവരെയും നന്ദഗോപരെയൊക്കെ കൊല്ലും എന്നിട്ട് അതിനൊക്കെ കൂട്ടുനിന്നാൽ അങ്ങേക്ക് ഞാൻ മന്ത്രിസ്ഥാനം ഉയർന്നു തരും അതല്ല അങ്ങതിന് സഹകരിക്കുന്നില്ലെങ്കിൽ പറഞ്ഞു സഹകരിക്കുക കാരണം തലപോണ കേസല്ലേ ഒന്നും പറഞ്ഞില്ല അധികമൊന്നും പറഞ്ഞില്ല എന്നാൽ നാളെ തന്നെ വേഗം പൊയ്ക്കോളൂ പറഞ്ഞു പിറ്റേ ദിവസം അതിവേഗതയുള്ള രഥവുമായിട്ട് അക്രൂരൊരു പുറപ്പെടുകയാണ് പോകുന്ന സമയത്തൊക്കെ മനസ്സിൽ വേദനയുണ്ട് കൃഷ്ണനെ കൊല്ലാനാണ് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് നാരദ മഹർഷിയില്ലെന്ന ഭഗവത് അവതാരത്തെക്കുറിച്ച് കാർമ്മിക വർണ്ണമാണ് പീതാംബരയാണ് ആ മുഖക്കൊന്ന് കാണേണ്ടതാണ് ആകർഷണത്തുള്ള രൂപമാണ് എന്നൊക്കെ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ട് ഭഗവാനെ എന്നാലും കൊല്ലാനല്ലേ ഞാൻ വിളിക്കുന്നത് ആ പാപത്തിന് ഞാൻ എന്താ പ്രായചിത്തം ചെയ്യുക ഏതായാലും ആ മധു വൃന്ദാവനത്തിലേക്ക് കടക്കുമ്പോൾ മണ്ണിൽ അവിടുത്തെ രൂപങ്ങൾ കാലിലടയാളങ്ങൾ ഉണ്ടെങ്കിൽ മണ്ണിലുരുണ്ടുകൊണ്ട് ഞാൻ എന്റെ പാപം തീർക്കാം എന്ന് കരുതി അക്രൂരത അവിടേക്ക് എത്തിച്ചേർന്നു ആ വൃന്ദാവനം ഭൂമിയിൽ മണലിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടെന്ന് നടക്കുമ്പോൾ കാണുന്നു കൃഷ്ണന്റെ കാലിലുള്ള ശംഖുചക്ര കഥകൾ അടയാളങ്ങൾ കണ്ടതും രോമാഞ്ചം അദ്ദേഹം നേരെ താഴേക്ക് ചാടി പിന്നെ അതിലുരുണ്ടിങ്ങനെ പറഞ്ഞു ഭഗവാനെ എന്റെ സർവപാപങ്ങളും തീർക്കൂ മനസ്സിൽ അങ്ങക്ക് അനുഗ്രഹം തരൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്ധ്യയോടനുബന്ധിച്ച് നന്ദഗോപന്റെ ഗൃഹത്തിലെത്തി ആ സമയത്ത് അന്ന് ഭഗവാൻ ബലരാമസ്വാമി നേരത്തെ കുളിച്ച് തയ്യാറായിട്ടുണ്ട് ഒരു പീതാംബര കൊടുത്ത് ഭഗവാൻ ബലരാമസ്വാമിയുടെ നീലപ്പെട്ട കൊടുത്ത് കാത്തിരിക്കുകയാണ് അന്തഗോപര അദ്ദേഹത്തെ അക്രൂരരെ കാത്തിരിക്കുകയാണ് അക്രൂരവരുടെ മുഖത്തേക്ക് നോക്കിയതും പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വേഗം ചെന്നു അക്രൂരരെ ഭഗവാൻ ആലിംഗനം ചെയ്തു ഒരു നിമിഷം അക്രൂരരെല്ലാം മറന്നതിലങ്ങോട്ട് ലയിച്ചു അക്രൂർ പറഞ്ഞു ഭഗവാനെ ഞാൻ നാരദമാഷയിൽ നിന്ന് അങ്ങേക്കുറിച്ച് ഭഗവാൻ ഉടനെ തന്നെ ഒരു കുട്ടിയുടെ ഭാവം എടുത്തിട്ട് എന്തൊക്കെയാ ചെറിയ അച്ഛാ പറയൂ ആ ഭാവത്തിലേക്ക് മാറി എന്നിട്ട് അക്രൂർ പറഞ്ഞു കംസൻ അമ്മയെ അച്ഛനെയൊക്കെ ജയിലിലടച്ചിട്ടുണ്ട് എല്ലാം അറിയാം ടെൻഷനൊന്നും വേണ്ട ഞാൻ ഉടനെ തന്നെ എന്തായാലും നാളെ നമുക്ക് ഒരുമിച്ച് പോവാം ആ സമയത്ത് അച്ഛനെയും അമ്മയും ജയിലിലടച്ച് പീഡിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ബലരാമസ്വാമി കേട്ടപ്പോ ബലരാമസ്വാമിക്ക് രക്തം തളയ്ക്കാൻ തുടങ്ങി ഭഗവാൻ പറഞ്ഞു കൂൾഡൗൺ നാളെ നോക്കാന്ന് എപ്പോഴേ ടെൻഷൻ അടിച്ചിട്ടെന്താ കാര്യം ശാന്തമാവൂ നാളെയൊക്കെ നോക്കാമെന്ന് അങ്ങനെ അന്ന് നന്ദഗോപുരി വന്നപ്പോ ഇതൊന്നും പറയേണ്ട പറഞ്ഞു ഇനിയിപ്പോ നന്ദഗോപുരി വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കേമായില്ലേ ആകെ വിഷമില്ലേ നന്ദഗോപുര ആകരു തെറ്റിദ്ധാരണയിലായിരിക്കുന്നത് എന്റെ പുത്രനാണ് കൃഷ്ണൻ എന്നുള്ളത് ഏതായാലും പിറ്റേ ദിവസം ഭഗവാൻ പോവാൻ നിൽക്കുന്നു ഗോപികമാരൊക്കെ ഭഗവാൻ പോകുന്നു എന്നറിഞ്ഞതും അവിടേക്ക് വന്ന് വഴിമുടക്കാനായിട്ട് അവന്റെ മനസ്സിങ്ങനെ പറയേണ്ട ഏതൊരു ക്രൂരനാണെങ്കിട്ട് വന്നത് കംസന്റെ ദൂതുമായിട്ട് അവന്റെ അച്ഛൻ പേരിട്ടപ്പോ രണ്ട് മിസ്റ്റേക്ക് പറ്റി ഒന്നുകിൽ അവന്റെ പേരിന്റെ കൂടെ ക്രൂരെന്ന് മാത്രമേ അക്രൂരന്നല്ല ആ തെറ്റിടേണ്ടിയിരുന്നു ആ ഒഴിവാക്കിയിട്ട് ക്രൂരനാക്കണം അല്ലെങ്കിൽ ശബ്ദത്തിലോ പേരിലോ ഒരു അക്ഷരം കൂടി കൂട്ടണം അതിക്രൂരന്നാക്കണം അല്ലെങ്കിൽ കൃഷ്ണനെ നമ്മളെ അടുത്ത് നിന്ന് പറിച്ചുകൊണ്ടുപോ എടുത്തുകൊണ്ടുപോ നിന്നിയ നീചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അവർ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി ഏതായാലും ഭഗവാൻ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഭഗവാനെ കുളിപ്പിച്ച് തയ്യാറാക്കി പീതാംബരൊക്കെ ധരിപ്പിച്ച് ഒരു മയിൽപ്പീലൊക്കെ ചൂടിച്ച് ഭഗവാൻ ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛനെ നമസ്കരിച്ചു യശോദാദേവിയെ നമസ്കരിച്ചു ആ അമ്മയുടെ ഉള്ളിൽ പറയുണ്ടായിരുന്നു ഇനി ഒരിക്കലും കൃഷ്ണനെ വൃന്ദാവനത്തിൽ കാണില്ല എന്നുള്ളത് വേദനിച്ചുകൊണ്ട് ചോദിച്ചു ഉണ്ണി തിരിച്ചു വരുമോ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഞാൻ വരാതിരിക്കോ എന്ന് പക്ഷേ അമ്മ അറിയുന്നില്ല പാവം ഇതാരാ എന്താണെന്നൊക്കെയുള്ളത് പിന്നീട് അവിടെ നിന്നിറങ്ങുമ്പോൾ ഗോപികമാരെല്ലാം കണ്ണിലേക്ക് നോക്കി ഭഗവാന്റെ ഇനി തിരിച്ചു വരുമോ അവരും അറിഞ്ഞില്ല ഇത് വൃന്ദാവനത്തിൽ നിന്നുള്ള ഭഗവാന്റെ അവസാനത്തെ യാത്രയായിരുന്നു എന്നുള്ളത് പിന്നെ ഒരിക്കലും ഭഗവാൻ വൃന്ദാവന ഭൂമിയിൽ വരുന്നില്ല അങ്ങനെ ഗോപികമാരോടും പറഞ്ഞു കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു വരാം വരാം പേടിക്കണ്ട കൃഷ്ണൻ വരും അങ്ങനെ അവരൊരു രഥത്തിലേക്ക് കയറുന്നു രഥം ഉരുണ്ടുരു മധുരയിലേക്ക് പോകുന്നു ആ രഥത്തിൽ ഭഗവാനും ബലരാമസ്വാമി മക്രൂരും മാത്രം കാളിന്റെ തീരത്തെത്തിയ പക്രൂരർ പറഞ്ഞു ഭഗവാനെ എനിക്ക് സന്ധ്യാവന്തനാദികളൊക്കെ ഉണ്ട് അവിടത്തേക്കേ ഇല്ലേന്ന് ഭഗവാൻ അങ്ങ് ചെയ്താൽ മതി ഞങ്ങൾ ഇവിടുന്ന് ചെയ്തോളാണ് ഭഗവാനും ബലരാമസ്വാമി രഥത്തിലിരുന്നു അക്രൂരൊരു സന്ധ്യാവനത്തിന് വേണ്ടി കാളിനീയിൽ മുങ്ങിയതും നോക്കുന്ന സമയത്ത് കാണുന്നത് അതാ കൃഷ്ണനാവനും വെള്ളത്തിലിരിക്കണോ ഇത്ര വേഗം രഥത്തിൽ ചാടി വെള്ളത്തിലേക്ക് വരും അവർ അക്രൂരൊക്കെ സംശയം ഇത് മനസ്സിന്റെ ഭ്രമമാണോ ചാടി നോക്കി വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് അതാ രണ്ടുപേർക്കും ഒരു തുള്ളി പോലും നനച്ചിലില്ലാതെ വെള്ളത്തിന്റെ കര മനസ്സിന്റെ ഭ്രമമാവെന്ന് കരുതി വീണ്ടും മുങ്ങിയതും പിന്നെ കാണുന്നത് ആയിരം ഫണങ്ങളുള്ള അനന്തന്റെ മുകളിൽ ആദിനാരായണ സ്വാമി ഇരുന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ നോക്കുന്നു ഒരു നിമിഷം മക്രൂരർക്ക് രോമാഞ്ചമുണ്ടായി ആ ഭഗവാന്റെ രൂപത്തെ നോക്കിക്കൊണ്ട് കൈവപ്പി സ്തുതി പിന്നെ ഒരു സന്ധ്യാവന്തനവും ഇല്ല തന്നെ ഭഗവാന്റെ കൂടെ എന്ത് സന്ധ്യാവന്തനം ചാടി എണീറ്റ് അവിടെ വേഗം കരയിലേക്ക് വന്ന കൃഷ്ണന്റെ പാദങ്ങളിൽ സാഷ്ടാങ്കം നമസ്കരിച്ചു രോമാഞ്ചം കൊണ്ട് ശരീരം മറച്ചപ്പോ ഭഗവാൻ ചോദിച്ചു വെള്ളത്തിന് നല്ല തണുപ്പുണ്ടല്ലേ ചെറിയ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെയൊക്കെ ഭഗവാൻ പറയുന്നുവല്ലോ എന്ന് അവിടെ വെച്ച് ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് അക്രൂര സ്തുതി ഭാഗവതത്തിലെ മനോഹരമായ സ്തുതിയാണത് അതിനുശേഷം അവര് മധുരയിലേക്ക് കടക്കുന്നു സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളിതൊക്കെ വെട്ടിച്ചിരുക്കുന്നത് അവർ മധുരയിലേക്ക് കടക്കുന്നു മധുരയിലേക്ക് കടന്നപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു എന്റെ ചെറിയ ച ഞങ്ങൾക്ക് പട്ടണമൊക്കെ ഒന്ന് കാണണം കുട്ടികളല്ലേ പട്ടണമൊക്കെ കാണുന്നവരും മോഹൻ ഉണ്ടാവില്ലേ അതുകൊണ്ട് ഞങ്ങളെന്ന് എങ്ങോട്ടും കൊണ്ടുപോകണം അപ്പൊ അക്രൂരർ പറഞ്ഞു അല്ലല്ല ഇന്ന് ഗൃഹത്തിൽ താമസിക്കണം അതാണ് എന്റെ മോഹം വരാലോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരാം ഇന്ന് പക്ഷേ പട്ടണം ഞങ്ങൾക്ക് ഗോപന്മാരൊക്കെ കാട്ടിൽ അലഞ്ഞു തിരിയുന്ന ഒന്ന് ടൗണൊക്കെ ഒന്ന് പ്രത്യേകിച്ച് മധുരാ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സിത്തിയല്ലേ അമാവന്റെ സിത്തിയല്ലേ കാണാനുള്ളൊരു മോഹം ഈ അക്രൂരർ വിചാരിച്ചതൊക്കെ സത്യാണെന്ന് ഭഗവാൻ പല ലീലകൾ ആടാനാണെന്നുള്ളത് അക്രൂരർക്കറിയുന്നില്ല അങ്ങനെ പട്ടണത്തിന്റെ ഒരു ഭാഗത്ത് അവരെ വിട്ടുകൊണ്ട് അക്രൂരർ പോയി രാജാവിന്റെ വിവരം അറിയിക്കാൻ പട്ടണവാസികൾ മുഴുവൻ അറിഞ്ഞു കൃഷ്ണനും രാമൻ രാമനും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് സന്തോഷം കൊണ്ട് അവരൊക്കെ മതി പറഞ്ഞു അശരീരി കേട്ടിട്ടുണ്ട് അശരീരിയിൽ പറഞ്ഞ ആളാണ് വന്നിരിക്കുന്നതെന്ന് കൂടി കേട്ടപ്പോ കംസൻ അന്ന് വീട് വിട്ടു പോവാൻ തോന്നില്ലേ മനസ്സ് ഏതായാലും ഭഗവാനും ഗോപന്മാരൊക്കെ എത്തിച്ചേർന്നപ്പോ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇവിടെ നിന്നാൽ ഞങ്ങളൊക്കെ പട്ടണം കറങ്ങിയിട്ട് വരാം സൂക്ഷിച്ചു പോകണം കൃഷ്ണൻ ഓ നല്ലോണം സൂക്ഷിക്കുക പറഞ്ഞു അവരങ്ങോട്ട് ഇറങ്ങി വഴിയിൽ വെച്ചിട്ട് കംസന് വസ്ത്രം കൊണ്ടുപോകുന്ന അലക്കുകാരനെ കണ്ടു ഒക്കെ പുത്തൻ പുത്തൻ വസ്ത്രം അലക്കി തേച്ച് കൊണ്ടുപോവുകയാണ് അയാളോട് ഉറക്കം വിളിച്ചു പറഞ്ഞു ഏയ് അവിടെ നിൽക്കൂ ഞങ്ങൾക്കൊക്കെ കുറെ വസ്ത്രം തരുമെന്ന് ഇത് കേട്ടതും ഇവരുടെ ഈ ചാണകം പറ്റിയ ഡ്രസ്സും അവരുടെ രൂപം ഭാവമൊക്കെ കൂടി കണ്ടപ്പം അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു ഏതോ കാട്ട് അലഞ്ഞു തിരിയുന്ന കുറെ ജന്തുക്കൾ രാജാവിന്റെ വസ്ത്രം വേണം ധിക്കാരം എന്ത് തോന്നിവാസ നിങ്ങൾ പറയുന്നത് രാജാവിന്റെ അടുത്ത് രണ്ടെണ്ണം വാങ്ങിച്ച് നിങ്ങളെ കൊല്ലും അതാ വേണ്ടത് നിങ്ങൾക്ക് ധിക്കാരം പറയുന്നത് ഉടനെ ഭഗവാന് തോന്നി ഇനി ഇയാളെ കൊണ്ട് വെറുതെ വർത്തമാനം പറയിപ്പിക്കേണ്ടതാണ് ഒറ്റ അടി വെച്ചു കൊടുത്തു തലയ്ക്ക് പിന്നെ നോൺ നിന്നു പിന്നെ ഒരു വർത്തമാനമില്ല ആൾ അവിടെ മറന്നു കെട്ടി വീണു എല്ലാവരോടും പറഞ്ഞു ഓരോരുത്തരും വസ്ത്രം എടുത്തോളൂന്നു ഭഗവാൻ നല്ലൊരു പീതാംബര വസ്ത്രം എടുത്തു അത് പറഞ്ഞു നിങ്ങൾക്കൊക്കെ പറ്റിയത് എടുത്തോളൂ ബലരാമസ്വാമി ഒരു നീലപ്പെട്ട ഇങ്ങനെ വലിച്ചെടുത്തു ഭഗവാൻ നോക്കുമ്പോൾ ആ വസ്ത്രത്തിൽ പത്ത് പേർക്ക് കാരണം കംസന്റെ സൈസിലാണ് അതൊക്കെ ഉടനെ അവിടെ ഒരു തയ്യൽക്കാരുണ്ട് അയാൾ കണ്ടപ്പോ ഭഗവാനൊക്കെ വിളിച്ച് അതൊക്കെ വെട്ടി ശരിയാക്കി ഭഗവാന്റെ പാദ പാകത്തിനൊക്കെ ഒരുക്കിക്കൊടുത്ത് കെട്ടിക്കൊടുത്ത് എന്നിട്ട് തന്റെ വകയിട്ട് ഒരു ഉത്തരീയും കൂടി സമർപ്പിച്ചു എന്നിട്ട് ആ പാദത്തിൽ വീണ് നമസ്കരിച്ച് ഭഗവാൻ അനുഗ്രഹിച്ചു പ്രിയ അങ്ങനെ പിതാംബരൊക്കെ ധരിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ഒരു പൂക്കാരന് ദിവസവും പൂ കെട്ടുമ്പോൾ ആ അശരീലിൽ പറഞ്ഞൊരു കുട്ടിയുണ്ടെങ്കിൽ ഈശ്വര ഒരുമാരാ കഴുത്തിലിടാൻ സാധിച്ച ജന്മം സഫലമാകും ഇന്നിതാ തന്റെ കൺമുൻപിൽ കാണുന്നു പറഞ്ഞിരിക്കുന്ന കുട്ടി വരുന്നത് നേരെ ആ മാലകളൊക്കെ ചാർത്തി ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോൾ അനുഗ്രഹിച്ചു അതും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ മൂന്ന് കൂലിലുള്ള ഒരു സ്പ്രീ ഉണ്ട് അവളുടെ തല മുട്ടിന്റെ അടുത്താണ് നിൽക്കുന്നത് അത്രയും വളവാണ് അവൾക്ക് കയ്യിലാണെങ്കിൽ കുറേ സൗ സുഗന്ധ ദ്രവ്യങ്ങളുമുണ്ട് ഇതൊക്കെയായിട്ടാണ് പോകുന്നത് ചന്ദനവും മറ്റ് സാധനങ്ങൾ ലേഖനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാന് തോന്നി ഇത്തിരി വേണം ഗോപി ചന്ദനൊക്കെ കിട്ടണമെന്ന് അവളോട് ഉറക്കെ വിളിച്ചു വെച്ചു ഏ സുന്ദരി അവിടെ നിൽക്കൂ കുറച്ച് ചന്ദനം തരുമോന്ന് അവളാ വിളി കേട്ടതും നിന്ന് തരിച്ചുപോയി കാരണം ഇത്രയും കാലം മുഖത്ത് നോക്കി സുന്ദരി എന്ന് ആരും വിളിച്ചിട്ടില്ല എല്ലാവരും ഏ കൂനിയും കൂനി കൂനിയും കണ്ടാ പോണതെന്നാണ് വിളിക്കുക മൂന്ന് കൂനുള്ളവരെ ആരെയും സുന്ദരി എന്നൊക്കെ വിളിക്കോ അതൊരു കളിയാക്കാനല്ലേ അവർക്ക് തോന്നുക എന്നിട്ട് ഭഗവാൻ കുറിക്കൂട്ട് തരുവെച്ചപ്പം അവളാ ഭഗവാനെ കണ്ടതുപോലുമില്ല കാരണം തലയൊക്കെ താഴോട്ട അവരാളുടെ അവളാ ആരുടെ മുഖം പോലും കണ്ടിട്ടില്ല അവൾ ഭഗവാനോട് പറയാണ് ഏ സുന്ദര നിനക്കല്ലാതെ പിന്നെ ആർക്കാ ഞാൻ കുറിക്കൂട്ട് കൊടുക്കുക എന്നിട്ട് ആ ചന്ദനൊക്കെ കൂടി വാരി ഭഗവാന്റെ മുഖത്തൊക്കെ ഭഗവാൻ മനസ്സിലായി ഇവളുടെ മനസ്സ് വളരെ സ്ട്രേറ്റാണ് ശരീരത്തിന് ഇത്തിരി ബന്ധുള്ളൂ എന്ന് കൂടി ഒന്ന് ക്ലിയറാക്കി കൊടുക്കാൻ തന്റെ പാദങ്ങളെ കൊണ്ട് അവളുടെ പെരുവിരൽ ചവിട്ടിക്കൊണ്ട് തന്റെ കുഞ്ഞു വരലുകൾ കൊണ്ട് അവളുടെ താടി പിടിച്ചവരൊറ്റ ഉയർത്തൽ ഭഗവാൻ പറഞ്ഞു കണ്ണടച്ചോളൂ എന്തിനാന്ന് വെച്ചു അതൊക്കെ ശരിയാവും കണ്ണടച്ചോളൂ എന്ന് അവൾ കണ്ണടച്ചന് കിടുകിട് കിടകിടുന്ന ഒരു ശബ്ദം കേട്ടു പിന്നെ അവൾ നോക്കുമ്പോൾ ഹരേ കുത്തനെ നിൽക്കണൂ താൻ ജീവിതത്തിൽ ഒരിക്കലും നേരെയാവില്ല പറഞ്ഞ ഞാൻ നേരേ ഇരിക്കണമെന്ന് അപ്പൊ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഭഗവാന്റെ മുന്നിൽ സ്ട്രേറ്റ് ആവണമെങ്കിൽ എന്ത് വേണം ഭഗവാന്റെ മുന്നിൽ സ്ട്രേറ്റ് ആവണമെങ്കിൽ എന്ത് വേണം ഭഗവാൻ പറയും കണ്ണടയ്ക്കൂ എന്നെ നല്ലവണ്ണം സ്മരിച്ചോളൂ എന്ന് ഭഗവാൻ വിരൽ പിടിച്ചിട്ട് ഒറ്റ പൊക്ക് പൊക്കും പക്ഷെ നമ്മൾ കണ്ണടയ്ക്കുമ്പോഴേക്കും നമുക്ക് സംശയം പൊക്കുണ്ടോ ഭഗവാനിന് പിന്നീട് ഭഗവാൻ വിചാരിക്കുക ആ ധൈര്യത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് ഞപ്പോ ഇങ്ങനെയൊക്കെ മനസ്സിലങ്ങോട്ട് സ്മരിക്കാൻ ഭഗവാനെ പ്രേമത്തോട് സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പൊക്കേണ്ടവരെ പൊക്കിയിരിക്കും അങ്ങനെ മുക്കോനിയായിട്ടുള്ള അവള് ശരിക്കും സുന്ദരിയായി സുന്ദരിയായിപ്പൊ അവൾ ഭഗവാനെ വിട്ടിട്ടില്ല അവൾ പറഞ്ഞു ഇന്ന് എന്റെ വീട്ടിൽ താമസിക്കണമെന്ന് ഇന്നെന്തായാലും പറ്റില്ല ഞങ്ങൾക്ക് കുറേ കൂടി പരിപാടികളുണ്ട് ഇവിടെ അതൊക്കെ കഴിഞ്ഞിട്ടൊരു ദിവസം വരാമെന്ന് അങ്ങനെ അവളെ സുന്ദരിയാക്കി ആളുകൾ ഇതൊക്കെ കണ്ടുനിന്ന് ധരിക്കുകയാണ് ഇത്രയും കാലം ഓർത്തോപ്പീഡിയക്കിൽ ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ കുത്തനി വളഞ്ഞിട്ടുള്ള ഒരാൾ സ്ട്രേറ്റായിട്ട് തീർന്നത് ഭഗവാൻ എത്ര നല്ലൊരു സർജനാണെന്ന് ഭഗവാൻ അങ്ങനെ ആ സൗന്ദര്യമില്ലാത്തവളെ സുന്ദരിയാക്കി തീർത്തു ഭഗവാൻ സുന്ദരിയാക്കി ആരുടെ മനസ്സിനാണോ വളവില്ലാത്തത് അവരെ ഭഗവാൻ സ്ട്രേറ്റ് ആക്കുന്ന നമുക്കൊക്കെ ശരീരത്തിന് സ്ട്രേറ്റ് ഉണ്ട് സ്ട്രേറ്റാണ് പക്ഷെ മനസ്സിന് ഇത്തിരി വളവുണ്ട് വെച്ചാൽ ഒത്തിരി അസൂയ തിരി കഷണ്ടി മാത്രമില്ല അതിനൊന്നും ആണിച്ചാൽ മരുന്നുമില്ല അപ്പൊ ആ അസൂയൊക്കെ ഒത്തിരി ഒഴിവാക്കിയിട്ട് മനസ്സിൽ സ്നേഹം പ്രേമം ഈ വികാരങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഭഗവാൻ നമ്മളെ പിടിച്ചുയർത്തും എന്ന് പറയാൻ തർക്കമില്ലാത്ത കാര്യമാണത് അതിനുശേഷം പിന്നീട് ഭഗവാൻ അവിടെ നിന്നും അമ്പ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നു എന്താ അമ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന്റെ പ്രതീകമായിട്ട് അമ്പുകളെയാണ് പൂജിച്ചത് ശിവചൈതന്യം അമ്പിലേക്ക് ആവാഹിച്ചുകൊണ്ട് വില്ലിനെ പൂജയ്ക്കും അതിനെപ്പറി ധനുയാകെന്ന് പറയും അങ്ങനെ ധനുറിയാകും നടക്കുന്ന ദിക്കിലേക്ക് ഭഗവാൻ പോവുകയാണ് ഭഗവാനെ കണ്ടതും ആളുകൾ മാറ്റി മാറും മാറും മാറും കുട്ടികളൊക്കെ അവിടുന്ന് മാറും എന്താ അത് കേട്ടതും ഉടനെ തന്നെ ഭഗവാൻ അവരൊക്കെ അടി വെച്ചു കൊടുത്തിട്ട് മാറിയിട്ട് നേരെ വില്ലിൻ്റെ അടുത്ത് അതങ്ങോട്ട് എടുത്തു ശിവനെ സ്മരിച്ചുകൊണ്ട് ഒരൊറ്റ അത് കടക്കൊറ്റ പൊട്ട് അതിന്റെ ശബ്ദം കംസൻ കേട്ട് മധുരയിലിരുന്ന് കെട്ടിയിട്ട് ചാടീനിച്ച് എന്താ ഒരു ശബ്ദം എന്ന് അപ്പൊ പറഞ്ഞു ആ കുട്ടികൾ അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് കംസൻ അപ്പോഴേ പേടി അപകടമായിട്ടുണ്ടെന്ന് വില്ലു പൊട്ടിയതാണെന്ന് പറഞ്ഞു ഏത് വില്ല് നമ്മുടെ അയ്യോ അപ്പൊ അപകടമായല്ലോ ശിവനെ നിന്നിച്ചതിന് തുല്യമാണല്ലോ വില്ലു പൊട്ടി എവിടെ ആരെവിടെ കൊല്ലുക അവരൊക്കെ ഒന്ന് പറലറിപ്പോവും നാളെ നാളെ ഇപ്പൊ വേണ്ട ഒക്കെ ശാന്താവൂ എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു വരികയാണ് അപ്പോഴേക്ക് സന്ധി അച്ഛൻ നോക്കുമ്പോണ്ട് നല്ല പീതാംബരൊക്കെ ധരിച്ചിട്ടാണ് വരുന്നത് എവിടുന്നാ കൃഷ്ണ ഇത്രയൊക്കെ നല്ല ഡ്രസ്സ് തന്നെ ഒക്കെ അമ്മാവൻ കൊടുത്തയച്ചതാണെന്ന് ഓ തന്നവർക്കൊക്കെ വല്ല സമ്മാനമൊക്കെ കൊടുത്തു നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും വരില്ലാതെ അവരെ കഴിക്കേണ്ടത് തയ്ച്ചിട്ടുണ്ട് അങ്ങനെ പാവം അച്ഛൻ അറിഞ്ഞില്ലേ എന്താ കാര്യം എന്നുള്ളത് പിറ്റേ ദിവസം മല്ലയുദ്ധത്തിന്റെ വേദിയിലേക്ക് പോവാണ് അവിടെയാണെങ്കിലോ ആദ്യം തന്നെ കുവലയാ പീഠത്തെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുവലയാ പീഠത്തിന് കൊല്ല കുവലയാ പീഠം പറഞ്ഞാൽ തീരെ ഭാഗവതം കേൾക്കാത്തവർക്ക് മനസ്സിലാവില്ല അതായത് പണ്ട് കംസൻ കല്യാണം കഴിക്കുമ്പോ ജരാസന്ദന്റെ പുത്രിമാരെ കല്യാണം കഴിച്ചത് ആ കയ്യിൽ ഒരു ആനയുണ്ടായിരുന്നു നൂറാനകളുടെ ശക്തി ഉണ്ട് അവന് അതാണെന്ന് വെച്ചാൽ എപ്പോഴും ഭ്രാന്ത് പിടിച്ചൊരാനയാണ് ജരാസന്ധന അതിന് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പൊ കല്യാണം നടന്നപ്പോൾ അത് ഡൗറിയായിട്ട് കൊടുത്തു എന്ന് വെച്ചാൽ ചിലർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ മരുമകൻ വേഗം കൊടുത്തു ഒഴിവാക്കും പിന്നെ അവനായി അവന്റെ പാടായിരുന്നു അവൻ അങ്ങനെയെങ്കിലും നേരെയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കംസന് കൊടുത്തു ഈ സാധനം എന്ന് പറയാം കംസൻ അതിനെ കൊണ്ടു കെട്ടിയിട്ട് പത്തിരുപത് പാപ്പാന്മാരുണ്ട് ഇതിനെ മാനേജ് ചെയ്യാൻ അത്രയും പ്രയാസമാണ് ഇപ്പൊ കംസൻ വിചാരിച്ചാൽ കുട്ടികളെ കൊല്ലാനെങ്കിൽ അതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ അങ്ങനെയൊക്കെ പാപ്പാനെ പറഞ്ഞൊക്കെ ഏർപ്പാടാക്കി വഴിയിൽ കുമലയാപീഠത്തെ കൊണ്ടു കെട്ടി ഭഗവാനും ബലരാമസ്വാമി അങ്ങോട്ട് കടന്നു വരുന്നു അച്ഛനോടും ഗോപന്മാരോടും പറഞ്ഞു നിങ്ങളൊക്കെ ബാൽക്കണിയിൽ പോയിരുന്നാൽ മതി ഞങ്ങൾ നേരെ അവിടെ എത്തിക്കോളാന്ന് അങ്ങനെ അവര് പുറപ്പെട്ടു ആ വഴിയിലെത്തിയപ്പോ ആനക്കാരനായ കുവലയാപ്പീഠത്ത് നോക്കുന്ന ആനക്കാരൻ ആനയങ്ങോട്ട് പ്രകോപിപ്പിച്ചു ഭഗവാൻ പറഞ്ഞു മാറ്റടാ അവിടെ നിന്ന് വഴിയിൽ നിന്ന് മാറ്റടാന്ന് പറഞ്ഞു അവൻ മാറ്റിയില്ല അവൻ ആനയുടെ പുതുകിനൊരു കുത്തുകൊടുത്ത് കത്തിയുണ്ട് അതിനങ്ങോട്ട് പ്രകോപിപ്പിച്ചു ആ സമയത്ത് ഭഗവാൻ ഒരൊറ്റ അടി വെച്ചു കൊടുത്ത് അവന്റെ തലക്കി അവന്റെ പണി തീർന്നു വേഗം നല്ല വേദിയിലേക്ക് ഓടിച്ചെന്നപ്പോൾ ആന പുറകിൽ ഭഗവാനെ പിടിക്കാനും ആന ഒരു വീശു വീശു പുഴേക്കും ഭഗവാൻ അവന്റെ കാലിന്റെ അടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും ഭഗവാൻ ചെറുതാണല്ലോ ആന പെരുത്ത ആനയും അങ്ങോട്ട് ഓടി ഓടി അവസാനം ആന തളരാൻ തുടങ്ങി അവസാനം ഭഗവാന്റെ മനസ്സിലായി ഇനി കാത്തിരിക്കേണ്ട കാന ചായ തളുക്കും അവന്റെ പണിതീർക്കണം ഭഗവാൻ അവിടെ പറഞ്ഞു വീണു പോലെ അഭിനയിച്ചു അവൻ ഓടിവന്നൊരു കുത്തുകുത്തണും ഭഗവാൻ അവിടുന്ന് ഉരുണ്ടു മാറി വീണ്ടും അവൻ കൊമ്പൊക്കെ വലിച്ച് ഭഗവാനെ ആഞ്ഞ് ഒരുങ്ങി കുത്താൻ നിൽക്കുമ്പോ ഭഗവാൻ അവന്റെ മസ്തകത്തിനിട്ട് ആഞ്ഞൊരു ഒരൊറ്റ അടി വച്ചു കൊടുത്തതും ആ കൊമ്പ് രണ്ടും വലിച്ചെടുത്തതും അവന്റെ ശരീരത്തെ തള്ളിയതും ഒക്കെ ഒരുമിച്ചു ഭഗവാൻ അവന്റെ കൊമ്പ് പിടിച്ച് വലിച്ചതോടുകൂടിയിട്ട് അത് നേരത്തെ മണ്ണിൽ കുത്തിയിട്ട് ഇളകി കിടക്കുകയാണ് അത് രണ്ടും സുഖമായിട്ട് കൊണ്ട് ഊരിപ്പോകുന്നു ഈ ചക്ക ഉള്ള കാല ആണല്ലോ ഈ ചക്കയിൽ രണ്ടുതരം ചക്കയുണ്ട് വരിക്ക ചക്കയും പഴയ ചക്കയും അല്ലെങ്കിൽ നന്നായി പഴുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ അവന് സുഖമായിട്ട് കൊണ്ട് ഊരിപ്പോരും അതുപോലെ അവന്റെ കൊമ്പ് രണ്ടും ഊരിപ്പോ പറയാണ് പിന്നെ ഭഗവാൻ ആ കൊമ്പ് ഒന്ന് ചേഷ്ഠന് കൊടുത്തിട്ട് രണ്ടുപേരും കടന്നു വരുമ്പോ അവിടെ ഒരു ഭഗവാന്റെ ആ വരവിനെ കണ്ടുകൊണ്ട് ശ്രീശുഖ ബ്രഹ്മഷി വളരെ സുന്ദരമായൊരു ശ്ലോകത്തിലൂടെ പറയുന്നു അവരവെങ്ങനെയായിരുന്നു പിതാംബരം ധരിച്ച് അംഗവസ്ത്രം കെട്ടി കയ്യിലാ ആനക്കൊമ്പുമായിട്ട് കടന്നുവരുമ്പോ മല്ലാനാമചനാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ കോം സ്വജനോ അസതാം ക്ഷിതിഭുജാം ശാസ്താസ്വിത്രോ ശിശൂ മൃത്യോപോചേർവിരാടവിദുഷാം തത്വം പരം യോഗിനം മനോഹരമായ ഭക്തിയുടെ ആ മഹത്വം നമുക്ക് കാണിച്ചു തരികയാണ് മല്ലാനാം അജനീർ മല്ലന്മാരായിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ള രാജാക്കന്മാർക്ക് ഇടിമിന്നൽ പോലെ ഏതോ കാര്യശക്തി വരുന്നത് പേടി അനുഭവപ്പെട്ടു എന്നാണ് നല്ല രാജാക്കന്മാർക്ക് ഈ ലോകം നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ശക്തനായൊരു രാജാവ് വരുന്നത് പോലെ തോന്നിയത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് തോന്നിയത് കാമദേവൻ ഞങ്ങളുടെ കഴുത്തിൽ മാലയിടാനായിട്ട് വരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന പിതൃക്കൾക്ക് തോന്നിയത് പാവ ഒരു കുട്ടിയുണ്ടല്ലോ കയ്യിലൊരു ഫീലിംഗ് ബോട്ടിലൊക്കെ ആയിട്ട് വരുന്നു എന്നാണ് കൃഷ്ണനെ കണ്ടപ്പോൾ അവർക്ക് പിതൃഭാവം തോന്നിയെന്ന് അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാർക്ക് തോന്നി ഏയ് നമ്മളെ കൃഷ്ണനല്ലേ വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് തോന്നി സുഹൃത്ബന്ധം തോന്നി സൗഹൃദം തോന്നിയെന്നാണ് അവിടെ ഉണ്ടായിരുന്ന അസത്തുക്കളായിട്ടുള്ള രാജാക്കന്മാർക്ക് തങ്ങളെയൊക്കെ ശാസിച്ച് നിർത്താൻ പറ്റുന്ന ഒരു രാജാവിനെ കണ്ടുവെന്നാണ് അവിടെ ആ മല്ലരുങ്കത്തിരുന്ന മഞ്ച മഞ്ചത്തിലിരുന്ന കംസന് തോന്നിയത് കാലൻ തന്റെ നേരെ നടുന്നടക്കുന്നത് കണ്ടുത്തോ എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പരമയോഗികളായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവത് ചൈതന്യം ഇന്നിത് ആ ദേവകീദേവിയുടെയും നന്ദ വസുദേവരുടെയൊക്കെ പുത്രനായിട്ട് ഒരു കാർമ്മിക വർണ്ണത്തിൽ നടന്നുവരുന്നു തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവദേ വൃഷ്ണികൾക്ക് വിഷ്ണുവംശർക്ക് തോന്നിയത് ഞങ്ങളുടെ പരദേവത എന്നാണ് അങ്ങനെ ഓരോരുത്തർക്കും ആ കൃഷ്ണന്റെ വരവ് ഓരോ രീതിയിൽ അനുഭവപ്പെട്ടുവെന്നാണ് ഈ ലോകം നാം കാണുന്നത് നമ്മുടെ മനസ്സിന്റെ നിറത്തിനനുസരിച്ചായിരിക്കും എന്ന് വെച്ചാൽ മനസ്സിൽ ഏത് വിവേകവും ഏത് വികാരവും ഉണ്ടോ അതിനനുസരിച്ച് ലോകം നാം കാണുന്നവർ ചെയ്യണം മനസ്സിൽ കാമമുണ്ടോ അപ്പൊ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തോന്നും ഇവള് എനിക്ക് ഭോഗിക്കാൻ പറ്റിയ ഒരു വസ്തുവാണ് മനസ്സിൽ സ്നേഹമുണ്ടോ അപ്പൊ തോന്നും ഇത് അങ്ങനെയുള്ള ആളല്ല അത് മനസ്സിൽ പ്രേമമുണ്ടോ അപ്പൊ മറ്റൊരു വികാരം തോന്നും മനസ്സിൽ ക്രോധമുണ്ടോ അപ്പൊ ക്രോധം തോന്നും എന്ന് പറയുന്നത് മനസ്സിൽ അസൂയയുണ്ടോ ഒരു പണക്കാരനെ കാണുമ്പോ നമ്മുടെ ഉള്ളിൽ അസൂയ തോന്നും മനസ്സിൽ ആദരവുണ്ടോ നമുക്ക് മറ്റൊരു വിവേകം വികാരം തോന്നും വാസ്തവത്തിൽ ഇതൊക്കെ മനസ്സിലല്ലേ വരുന്നത് ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ഉള്ളിൽ കാമം വരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയാണോ കാമം ഉണ്ടാക്കിയത് അല്ല അയാളുടെ മനസ്സാണ് കാമം ഉണ്ടാക്കി ഒരു പണക്കാരൻ നടന്നു പോകുമ്പോൾ ഒരാളുടെ മനസ്സിൽ അസൂയ തോന്നുന്നെങ്കിൽ ആ പണക്കാരനാണോ അസൂയ ഉണ്ടാക്കിയത് അല്ല ഒരു വ്യക്തി നടന്നു പോകുമ്പോൾ ശത്രു നടന്നു ഒരാളുടെ ഉള്ളിൽ ക്രോധമുണ്ടാക്കുന്നുവെങ്കിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതെങ്കിൽ അയാളാണോ ഉണ്ടാക്കിയത് നമ്മുടെ മനസ്സാണ് അത് എല്ലാം നമ്മുടെ മനസ്സാണ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പട്ടി വരുന്നത് കണ്ട ചിലർക്ക് പെട്ടെന്ന് പേടി വരും പട്ടിയെ പേടിക്കുന്ന ആൾക്കാരുണ്ട് ചിലർക്ക് പട്ടിയെ കണ്ട മൈൻഡ് ഉണ്ടാവില്ല ചിലർ പട്ടിയെ സ്നേഹത്തോടുകൂടി കണ്ട് വിളിവിളിച്ചിട്ട് പോകുന്നവരുണ്ടാവും എല്ലാം ഓരോരുത്തരുടെയും മനസ്സിന്റെ പക്വതയ്ക്കും വിവേകത്തിനനുസരിച്ചിട്ടില്ലേ ലോകത്തെ കാണുന്നത് വാസ്തവത്തിൽ ആരും ആർക്കും ഒരു വികാരവും വിക്ഷോഭവും ഉണ്ടാക്കുന്നില്ല നമ്മുടെ മനസ്സിന്റെ പക്വതയ്ക്കനുസരിച്ച് നാം ഓരോന്ന് കാണും ഇതാണ് ലോകം എന്ന് പറയുന്നത് ശരിയല്ലേ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകം നമുക്ക് വലിയ ഉണ്ടാക്കില്ല അവിടെ ചായ വെച്ചിട്ടുണ്ട് ഇപ്പോ ചിലരുടെ മനസ്സിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും സ്വാമി ഇങ്ങനെ കംസനെ വധിച്ച ചായയുടെ ചൂടാറുന്ന് ഇനി ഞങ്ങൾക്ക് ചൂടാവുന്നു ആ മനസ്സാണ് നിശ്ചയിച്ച് ചായ നിങ്ങളുടെ മനസ്സിൽ ഒരു ചൂട് ഉണ്ടാക്കിയിട്ടില്ല നിങ്ങളാണ് നിശ്ചയിക്കുന്നത് അത് കിട്ടിയാലും സന്തോഷം കിട്ടിയില്ലെങ്കിലും സന്തോഷം കുഴപ്പമില്ല ഉണ്ടെങ്കിലും കുഴപ്പമില്ല പച്ചവെള്ളം കിട്ടിയാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഇങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാലോ അത് സ്വാമി മാത്രം വിചാരിച്ചാൽ മതി ഞങ്ങളിപ്പൊ അതൊന്നും വിചാരിക്കാൻ പോടില്ല ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിൽ അസ്വസ്ഥതകൾ കുറയും ഇതൊക്കെ നമ്മുടെ മനസ്സിലല്ലേ ചായ നമ്മുടെ മനസ്സിൽ വല്ല കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ കാപ്പി ഉണ്ടാക്കുന്നുണ്ടോ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇത് നമ്മൾ ഓരോരുത്തരും ഏത് രീതിയിൽ കാണുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ദൃഷ്ടി തഥാ സൃഷ്ടി അതാണ് അതിന്റെ സിദ്ധാന്തം എന്ന് പറയും ഏതായാലും അതിനുശേഷം ചാണൂരനും മുഷ്ടികനും ഭഗവാനോടും ബല്ലരാമസ്വാമിയോടും ഏറ്റുമുട്ടി വേഗം അവരെ ഭഗവാൻ തീർത്തു അത് കഴിഞ്ഞ് കംസൻ അങ്ങനെ മഞ്ചത്തിലിരിക്കുകയാണ് ആ സമയത്താണ് രണ്ട് ആളുകൾ ഓടി പറയുന്നത് കഴിഞ്ഞു അവരുടെ കഥയാണ് ഉടനെ കംസൻ മാലയ്ക്ക് ഊരി കൊടുക്കുകയാണ് അതെന്തിനാന്ന് ചോദിച്ചു കുട്ടികളുടെ കഥയിലേ കഴിഞ്ഞത് അല്ല നമ്മൾ കുട്ടികളുടെ കഥ കഴിക്കാൻ പോയിട്ട് കഥ കഴിഞ്ഞതെന്ന് അപ്പോഴേക്കും അവിടെ നല്ലറി എവിടെ വസുദേവന് എവിടെ നന്ദഗോപര് വെട്ടു ആ ഗോപന്മാരുടെ തലവെട്ടു ദേവകീ ദേവിയുടെ തല വെട്ടു എന്ന് അപ്പൊ അവിടെ നോക്കി നിന്ന ചോദിച്ചു ആരാ വെട്ടു എന്ന് അപ്പോഴേക്കും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കംസൻ ഇങ്ങനെ കിടുകിടാ വിറക്കുകയാണ് പതിനാല് വർഷം പതിനാല് വർഷം കാത്തിരുന്ന ആ രൂപമാണ് കടന്നു വരാൻ പോകുന്നത് അങ്ങനെ ആ കംസൻ നോക്കി നിൽക്കേ അങ്ങോട്ട് നോക്കുന്നതും പടപടപടമ ഒരു ശബ്ദം കേട്ടു നോക്കുമ്പോൾ എന്താണ് ഭഗവാൻ ഒരു ചാട്ടത്തിൽ കംസൻ എങ്കിലും തന്റെ ശത്രുവാണല്ലോ എന്ന് കരുതി വാളവലിച്ച് ഓങ്ങുമ്പോഴേക്കും ഭഗവാൻ അപ്പോഴേക്കും ചാടി വീണു നെഞ്ചിലേക്ക് നാലിടി കൊടുത്തപ്പോഴേക്കും പതിനാല് കൊല്ലായിട്ട് കൊണ്ടു നടക്കുന്ന ടെൻഷനാണ് അങ്ങനെയുള്ളവരെ തീർക്കാൻ ഒരു പ്രയാസവും ഇല്ല ഒരൊറ്റയടിക പണി തീർന്നു കംസൻ മലർന്നു വീണു അപ്പോഴേക്കും കംസന്റെ ആളുകൾ കോടി വന്നു ഭഗവാനോട് യുദ്ധം ചെയ്യാൻ ബലരാമസ്വാമി കൃഷ്ണൻ അവരെ കൊതുക്കി പിന്നീട് അവിടെ നിന്നും ജയിലിലേക്കുള്ള യാത്രയാണ് ചെന്നു കാരാഗ്രഹത്തിൽ വച്ച് അർച്ചനെയും അമ്മയെയും മുക്തമാക്കി അതിനുശേഷം രാജാവായ ഉഗ്രസേനയും മുക്തരാക്കി അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും കൈകൂപ്പി ഈശ്വര കൃഷ്ണനെ കണ്ടപ്പോ ഭഗവാന് തോന്നി ഈ രൂപത്തിലല്ല അവരെന്നെ കാണേണ്ടത് പ്രസവിച്ച അന്ന് കണ്ടതാണ് ഇന്നിപ്പോ ഒത്ത വലിപ്പവും രൂപമൊക്കെയായി കഴിഞ്ഞു ഇനി എന്റെ മുന്നിൽ കൈകൂപ്പരുത് അമ്മയുടെ ഭാവത്തിൽ അമ്മ എന്നെ കാണെന്ന് ഭഗവാൻ കൊഞ്ചിക്കൊണ്ട് ഒരു കുഞ്ഞിന്റെ ഭാവത്തിലേക്ക് മാറിയപ്പോ അമ്മയുടെ മുലപ്പാലൊക്കെ ചെറുന്നു അമ്മ രണ്ടുപേരെയും ആലിംഗനം ചെയ്ത് മടിയിലിരുത്തിയപ്പോഴാണ് നന്ദഗോപർക്ക് മനസ്സിലായത് ഇത്രയും കാലം താൻ കുഞ്ഞായി കൊണ്ടുനടന്ന കൃഷ്ണൻ എന്റെ പുത്രനല്ല വസുദേവരുടെയും ദേവകീ ദേവിയുടെയും പുത്രനാണ് എന്റെ അടുത്തുകൊണ്ട് താമസിപ്പിച്ചതാണ് അവിടെ വെച്ച് നന്ദഗോപരി യാത്ര ചോദിക്കുകയാണ് പോകുന്ന സമയത്ത് ചോദിക്കും ഉണ്ണി എന്താ അമ്മയോട് പറയേണ്ടത് പറയും തീർച്ചയായിട്ടും നിങ്ങളും എനിക്ക് അച്ഛനും അമ്മയാണ് ഞാൻ വന്നിരിക്കുന്നു അങ്ങനെ ഒരു വേർപ്പാടിന്റെ വേദനയുമായിട്ട് നന്ദഗോപര് പോകുന്നു ഗോപന്മാര് കൃഷ്ണനില്ലാത്തൊരു വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോവാണ് അതിനുശേഷം അച്ഛനെയും അമ്മയും ഉത്തരാക്കി ഉഗ്രസേനെ ചക്രവർത്തിയാക്കി ഭഗവാൻ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോകുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരം എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ കുഞ്ഞിന്റെ പ്രത്യക്ഷ ദൈവം ഈശ്വരൻ അമ്മയാണ് അതുകൊണ്ട് ഗുരുവായിട്ട് ആദ്യം കാണുക അമ്മയാണ് അമ്മയാണ് ഒരാളുടെ ഗുരു മാതാ പിതാ ഗുരു ദൈവം എന്നാണ് മാതാവാണ് പ്രത്യക്ഷ ദേവം പ്രത്യക്ഷ ഗുരു മാതാവിലൂടെയാണ് അച്ഛനെ അറിയുന്നത് അച്ഛനെ മനസ്സിലാക്കുന്നത് മാതാവാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇത് നിന്റെ അങ്ങനെ നല്ലൊരു സംസ്കാരമുള്ളൊരു അച്ഛനെ കാണുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ അച്ഛനോട് ആദരവുണ്ടാവുന്നു അച്ഛനെയും കുട്ടി ഗുരുവായി കാണാൻ തുടങ്ങുന്നു പിന്നീട് അച്ഛന്റെ ധർമ്മമാണ് കുട്ടിയെ ആത്മീയമായും ഭൗതികമായും ഒക്കെ ആ ഉയർച്ചയിലേക്ക് അതിനെ പറ്റിയ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് അച്ഛൻ കൊണ്ട് എന്നാക്കുന്നു അങ്ങനെയാണ് ഗുരുനാഥനെ കണ്ടെത്തുന്നത് അതച്ഛന്റെ ധർമ്മമാണ് അത് ഗുരുനാഥന്റെ ധർമ്മമാണ് ഈശ്വരനിലേക്ക് കുഞ്ഞിനെ ഉയർത്തൽ അങ്ങനെ ഇവിടെ വച്ച് അമ്മയാകുന്ന ഗുരുവിലൂടെ അച്ഛനാകുന്ന ഗുരുവിനെയും അച്ഛനാകുന്ന ഗുരു ഗുരുവിലൂടെ തന്നെ ഈശ്വരനിലേക്ക് ഉയർത്തുന്ന ഒരു ഗുരുനാഥനെയും ആ ഗുരുനാഥനിലൂടെ ഈശ്വരനെയും കണ്ടുകൊണ്ട് ജീവിതത്തെ പൂർത്തീകരിക്കുന്ന ഒരു സംസ്കൃതിയാണ് നമ്മുടെ സംസ്കൃതി അതുകൊണ്ട് പറയും മാതാ പിത ഗുരു ദൈവം ഈ സംസ്കാരം ഭാരതീയർക്ക് മാത്രമേയുള്ളൂ പ്രിയാണ് അങ്ങനെ ഭഗവാൻ സാന്ദീപനി ആശ്രമത്തിൽ പോകുന്നു അവിടെ വെച്ച് അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലകൾ പഠിക്കുന്നു അങ്ങനെ അവിടെ വച്ച് ഭഗവാനെ കിട്ടിയ ഉത്തമോത്തമ സുഹൃത്താണ് ഭഗവാന്റെ പരമമിത്രമായ സുധാമാവ് നാളെ നമുക്ക് രാവിലെ സുധാമാചരിതം കുജേലോപാഖ്യാനം എന്ന് പറയുന്ന ഭാഗം കാണാനുണ്ട് അങ്ങനെ ഭഗവാൻ അവിടെ നിന്നും തിരിച്ചുവരുന്നതിന് മുമ്പ് സാന്ദീപിനി മാർഷിക്കി അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട പുത്രനെ ഗുരുദക്ഷിണിയെ സമർപ്പിച്ച് പിന്നെ മധുരയിലേക്ക് തിരിച്ചുവരുന്നു ഒരു യുവരാജാവായിട്ട് അങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ മധുരയിലെ ജീവിതം ആരംഭിക്കുകയാണ് അങ്ങനെയുള്ള ജീവിതത്തിനിടയ്ക്കെയാണ് ഒരു ദിവസം പരമപ്രിയനായിട്ട് പരമസുഖത്തായിട്ട് ഭഗവാനൊരു സുഹൃത്തിനെ കിട്ടുന്നത് അത് ഉഗ്രസേന ചക്രവർത്തിയുടെ മന്ത്രിസഭയിലുള്ള പ്രധാനമന്ത്രിയായ ഉദ്ധവരെന്ന് പറയുന്ന അതിബുദ്ധിമാനായ ബൃഹസ്പതി ശിഷ്യനും പരമ സത്യസന്ധനുമായ ഒരു സുഹൃത്തായിരുന്നു അങ്ങനെ ആ ഒരു സുഹൃത് ബന്ധത്തിൽ ഭഗവാൻ അഴിച്ചിടുന്ന പിതാംബരവും വസ്ത്രങ്ങളൊക്കെ പിറ്റേ ദിവസം അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഭഗവാൻ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഭഗവാൻ എന്ത് കാണുന്നുവോ എന്തറിയുന്നുവോ അത് ഭഗവാന് ഭഗവാൻ പറയാതെ പറഞ്ഞുകൊടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി ആ ഉദ്ധവരുമായിട്ടുള്ള ഭഗവാന്റെ കൂട്ടുകെട്ടും ജീവിതവും ആരംഭിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഉദ്ധവരെ ഭഗവാൻ താൻ പണ്ട് പിരിഞ്ഞു പോകുന്ന ഗോപികമാരുടെ അടുത്തേക്കും തന്റെ വളർത്തച്ഛനും വളർത്തമ്മയുടെ അടുത്തേക്കും പറഞ്ഞേക്കുന്നു അതാണ് ഭാഗവതത്തിൽ നാൽപ്പത്തിയാറും നാൽപ്പത്തിയേഴും അധ്യായത്തിലെ ഉദ്ധവദൂതെന്നറിയപ്പെടുന്ന അധ്യായങ്ങൾ നമുക്ക് ചായയ്ക്ക് തന്നെ വളരെ വൈകി എല്ലാവർക്കും അതിനുശേഷം നമുക്ക് സമയമുള്ളിടത്തോളം നോക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം